യോ സ്ഥല സിസിണി സീർത്താഭി ീശ്വര സ്മരിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ആരംഭിക്കുകയാണ് ഈശാവശ്യവംശത്തിൽ ശങ്കരഭാഷ്യത്തിൽ ആദ്യത്തെ മന്ത്രം അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് രണ്ടാമത്തെ മന്ത്രമാണ് ചോദ്യമുണ്ട് ഒന്ന് പരിചരിച്ചുകൊണ്ടാണെങ്കിൽ ശങ്കരാചാര്യ മഠങ്ങളിൽ തന്നെയുള്ള വ്യവഹാരങ്ങൾ എങ്ങനെ ആരാൾ നിർവഹിക്കപ്പെടുന്നു സ്വാമി ശങ്കരാചാര്യർ തന്റെ നാല് മഠങ്ങളിൽ സന്യാസധർമ്മങ്ങളെ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സംശയങ്ങൾ വ്യക്തമാക്കി തരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അതായത് പരിത്യജിക്കാൻ ശങ്കരാചാര്യ പറഞ്ഞു അപ്പോ അങ്ങനെ പരിത്യജിക്കാൻ പറഞ്ഞതിന് വിരുദ്ധമായി ശങ്കരാചാര്യരുടെ മഠങ്ങളിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ശങ്കരാചാര്യരോടോ ശങ്കരാചാര്യന്റെ മഠങ്ങളോടോ ബാധ്യതകളോ കടപ്പാടോ പക്ഷപാതമൊന്നുമില്ല അത് ഏതാണ് ശരിയെന്നുള്ളത് നമ്മളിങ്ങനെ തീരുമാനിച്ചോള ശങ്കരാചാര്യർ പറഞ്ഞതാണോ നമ്മൾ സ്വീകരിക്കേണ്ട അതെ ശങ്കരാചാര്യർ പറഞ്ഞതിന് വിരുദ്ധമായി മഠങ്ങളിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതോ അത് ആർക്കും തീരുമാനിക്കാമെന്നുള്ള കാര്യമല്ലേ ഉള്ളൂ ഏതെങ്കിലും ഗുരുക്കന്മാർ പറഞ്ഞതിന് വിരുദ്ധമായി അവരുടെ മഠത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ സ്വീകരിക്കണം അവർ പറഞ്ഞ് സ്വീകരിക്കുക അതേ മഠത്തിന് സ്വീകരിക്കും സ്പഷ്ടമായ കാര്യമാണ് ശങ്കരാചാര്യ പറഞ്ഞതിന് വിരുദ്ധമായ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതുപേക്ഷിക്കാം അതിന് ശങ്കരാചാര്യെങ്ങനെ ഉത്തരവാദിയാകും സ്പഷ്ടമായ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ആചാര്യന്മാർ പറയുന്നത് സ്വീകരിക്കും ആചാര്യന്മാർ പറഞ്ഞതിന് വിരുദ്ധമായ എന്തെങ്കിലും മഠത്തിലോ അവരുടെ പ്രസ്ഥാനത്തിലോ നല്ലതാ നമ്മളതിനുപേക്ഷിക്കേണ്ടി വരുന്നു സ്വീകരിക്കുന്നില്ല സങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന സന്യാസത്തിൽ ഭിക്ഷാടനം അതുമാത്രമേ സന്യാസിക്ക് കർത്തവ്യമായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിയും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുവെച്ചാൽ പഠിപ്പിക്കുക അധ്യയനം അധ്യാപനം ഇതും സന്യാസിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് അതുകൂടി ചെയ്യാൻ പാടില്ലെന്നാണ് അത്രയൊരു സന്യാസത്തെ കുറിച്ചാണ് ശങ്കരാചാര്യ പറയുന്നത് പിന്നെ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ചെയ്തു പോകും എന്നുള്ളതാണ് അപ്പോൾ ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നതിന് ഇത്രയേ ഉള്ളൂ സന്യാസി യാതൊരു ധർമ്മങ്ങളുമില്ല ധർമ്മങ്ങളും ഇല്ല എന്ന് പറയുമ്പോൾ സർവ്വധർമാൻ പരിത്യജ്യ എന്ന് പറയുന്ന അതിന്റെ അക്ഷരാർത്ഥത്തെ തന്നെ ബാഹ്യമായി തന്നെ ത്യജിക്കുന്നതാണ് അല്ലാതെ മനസ്സുകൊണ്ട് ത്യജിച്ചിട്ട് പുറമേ ചെയ്യുക അതിന് സന്യാസം ശങ്കരാചാര്യ പറയുന്നില്ല കാരണം അത് നടത്തില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ടാ ചിലര് ഈ മന്ത്രത്തിന് തന്നെ വ്യാഖ്യാനിക്കൊത്തേന ഭ്യജിച്ചിട്ട് ഭുജിക്കേൾക്കുമ്പോ എന്തോ വലിയൊരു ആന കാര്യം പോലെ നമുക്ക് തോന്നുന്നു പക്ഷെ അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ത്യജിച്ചാൽ പിന്നെ എന്തിനാ ഭുജിക്കും ത്യജിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭുജിക്കുന്ന എങ്ങനെ ഭുജിക്കാൻ പിന്നെ വേറെ വിഷയം ഇല്ലല്ലോ അവിടെ എന്താണോ ഭുജിക്കേണ്ട അതിനെയാണ് ത്യജിക്കുന്നത് നമ്മൾ എന്താണോ ഭുജിക്കേണ്ടത് അതിനെ ത്യജിക്കുന്നത് പിന്നെ വിഷയമില്ല ഭുജിക്കാൻ പിന്നെ എങ്ങനെ ഭോഗം നടക്കും നടക്കത്തിൽ പിന്നെ പറയുന്നത് എങ്ങനെയാണോ അതിന് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണോ നിസ്സംഗമായ ഒരു ഭാവനയോടുകൂടി എല്ലാം അനുഭവിക്കുക എന്നുള്ളതാണ് ഭീതിയിലൊക്കെ പറയുമ്പോൾ അസംഗ ശസ്ത്രേണ ദൃഢേന ചിത്വ അതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് പറയുന്നത് നിസ്സംഗമായ ഭാവനയിൽ എല്ലാം അനുഭവിച്ചോളം പറയുകയാണ് അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട് വ്യക്തിവേന പുഞ്ചിദാഹ നിസ്സംഗമായ ഭാവന വന്നാലും ഇതേ പ്രശ്നം തന്നെ വരും കാരണം ഭോഗം എന്ന് പറഞ്ഞാൽ അവിടെ സംഘം വരണം സംഘം വന്നാലേ ഭോഗമുള്ളൂ നിസ്സംഗതോന്നു കഴിഞ്ഞാൽ പിന്നെങ്ങനെ സംഘം ഹേതുവായിട്ടുള്ള കാരണമില്ലാതെ കാര്യം ഉണ്ടാകത്തില്ല ഭോഗം എങ്ങനെ സംഭവിക്കും സംഭവിക്കത്തില്ല അതുമാത്രമേ നമ്മൾ പിന്തിരിഞ്ഞ് നോക്കിയാൽ തന്നെ എവിടെയാണോ അങ്ങനെയുള്ള ത്യാഗം കാണുന്നത് സന്യാസം എന്ന് പറഞ്ഞാൽ ത്യാഗം അവിടെ പിന്നെ ഭോഗം കാണുന്നുമില്ല ഒരിടത്ത് ത്യാഗം ഒരിടത്തത് കാണുന്നില്ല തേച്ചു കഴിഞ്ഞാൽ പിന്നെ ഭുജിക്കാനൊക്കത്തില്ല കാരണം അവിടെ വിഷയമില്ലാതെ വരും പിന്നെ ഇങ്ങനെയാ തിരിച്ചിട്ട് ഭുജിക്കുന്നത് നിസ്സംഗമായ ഭാവനയിൽ എല്ലാം അനുഭവിക്കാൻ ഒക്കത്തില്ല ഒരാൾ അതും ഒരാളെ ഉദ്ദേശിക്കാൻ പറ്റത്തില്ല നിസ്സംഗമായ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വിഷയമില്ലാതെ പിന്നെ ഏത് വിഷയത്തെ അനുഭവിക്കും സാധ്യമല്ല എന്നാൽ മഹാത്മാക്കളുടെയൊക്കെ ചരിത്രം നോക്കിയാലും നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള ത്യാഗികൾ അവർ പിന്നെ ഭോഗികളായി കാണുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ത്യാഗികളൊന്നും തന്നെ ത്യാഗവും ഭോഗവും ഒരിടത്ത് ഇരിക്കത്തില്ല ഒരിക്കൽ സാധാരണ പറയാറുണ്ടല്ലോ രാമനുള്ളടത്ത് കാമനില്ല കാമുള്ളടത്ത് രാമനില്ല എന്ന് പറയും അത് രണ്ടും കൂട്ടൊരിടത്ത് എങ്ങനെ ഇരിക്കും അതൊരിക്കലും സാധ്യമേന്ന് ഇപ്പൊ ശ്രീരാമകൃഷ്ണദേവന്റെ തന്നെ ഉദാഹരണം എടുത്തു കഴിഞ്ഞു സമീപകാലത്ത് ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹം എൻ്റെ ചെയ്ത് ഉത്തേജിച്ച പരിപൂർണമായ കാമിനി കാഞ്ചനത്യാഗം അതിനൊരു പ്രത്യക്ഷമായ ഉദാഹരണമാണ് മറ്റ് സന്യാസിമാരുടെയൊക്കെ ഉദാഹരണങ്ങൾ എടുക്കുന്നതിൽ നിന്നും വിശേഷതയുണ്ട് എന്തുകൊണ്ട് അദ്ദേഹം ഭാര്യസമേതനായി ജീവിച്ചു പക്ഷെ അവിടെ നമുക്ക് ത്യാഗം കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഭോഗം കാണാൻ പറ്റുന്നില്ല ത്യാഗവും ഭോഗവും കൂടെ ഒരുമിച്ചിരിക്കുന്നതാണെന്നുള്ള അവരൊക്കെ ഉദാഹരണം എടുത്താണ് അങ്ങനെ ഒരു ഉദാഹരണം കിട്ടുക വളരെ പ്രയാസങ്ങൾ ആധ്യാത്മിക ചരിത്രത്തിൽ അപ്പോൾ അവിടെ ത്യാഗം പരിപൂർണമായി കാണുന്നുണ്ട് പക്ഷെ ഭോഗം ഇവിടെ അദ്ദേഹം ഭാര്യയാസമേതനായിരുന്നെങ്കിലും അദ്ദേഹം ഒരു ഭോഗിയായിരുന്നില്ല ത്യാഗിയായിരുന്നു അങ്ങനെ ത്യാഗവും ഭോഗവും ഇവിടെ തിരിച്ചിട്ട് എങ്ങനെയാണ് ഭജിക്കുന്നത് അതേ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റും കാരണം ത്യാഗം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഭോഗം നിലനിൽക്കില്ല എന്തുകൊണ്ട് ശങ്കരാചാര്യനെ അടുത്ത് പറയും ഈ ജ്ഞാനവും കർമ്മവും തമ്മിൽ ഉള്ള അന്തരം അത് വളരെ വലുതാണ് ആ അന്തരത്തെ ഒന്ന് ചലിപ്പിക്കാൻ ആർക്ക് സാധ്യമല്ല പർവ്വതന്ന് പറയും നമ്മളത് പഠിക്കും ഒരു തരത്തിനും ആ അന്തരത്തിനും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ല രണ്ട് വിരുദ്ധ ഓണുകളാണ് ഉത്തര ധ്രുവും ദക്ഷിണ ധ്രുവും പോലെയാണ് അപ്പോൾ ഒരിക്കലും അത് സാധ്യമേ അല്ല പിന്നെ നിസ്സംഗമായ ഭാവനയോടുകൂടി എല്ലാത്തിനെയും സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെയും പറയുന്നുണ്ട് ചില ഭാഗങ്ങളിൽ അങ്ങനെ പറയുന്നിടത്തും അത് പറയുന്നത് ഗീതയിലാണ് ഈ മന്ത്രങ്ങൾ തന്നെയാണ് ഗീതയിൽ പറയുന്ന കർമ്മയോഗത്തിൻ്റെ ഒരു ആധാരം അങ്ങനെ പറയുന്നിടത്തും എന്താണ് അവിടെയും വരും ധർമ്മം എന്നുള്ളതൊന്നു വരും നിസ്സംഗമായ ഭാവനയോടുകൂടി എന്തും അനുഭവിക്കാനോടത്തും പറയുന്നുണ്ട് മറിച്ച് ഗീതയിൽ ആ വിഷയം ചർച്ച ചെയ്യുമ്പോഴെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് വരും എന്നാണ് സംഗമായ ഭാവനയോടുകൂടി അസംഗനായിട്ട് സ്വധർമ്മത്തെ ആചരിക്കാനാണ് പറയുന്നത് എന്തുവെന്ന് പറയുന്നത് വരുന്നതെന്നെ അനുഭവിച്ചോളം പറയുന്നില്ല മറിച്ച് ഗ്രാഹ്യ ത്യാജ്യ വിവേചനത്തോടുകൂടി ധർമാധർമ്മ വിവേചനത്തോടുകൂടി പുണ്യപാവ വിചാരത്തോടുകൂടി നന്മയും തിന്മയും മനസ്സിലാക്കി സ്വധർമ്മത്തിനനുസരിച്ച് നിസ്സംഗമായ ഭാവനയിൽ അനുഭവിക്കാനാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ അയാളുടെ ധർമ്മം എന്തെന്ന് ആദ്യം നിർണ്ണയിക്കേണ്ടി വരും തൻ്റെ ധർമ്മം ഗൃഹസ്ഥ ധർമ്മമാണോ അത് സന്യാസധർമ്മമാണോ അപ്പോൾ ആ ധർമ്മത്തിൽ അയാൾക്ക് ഗ്രാഹ്യത്യാജ്യ വിവേചനങ്ങൾ വേണ്ടി വരും സന്യാസി ആണെങ്കിൽ അയാൾക്ക് എന്തും അനുഭവിക്കാനുള്ള യോഗ്യത അർഹതയില്ല അവകാശമില്ല അയാൾക്ക് ലൈസൻസ് കൊടുത്തിട്ടില്ല അപ്പോൾ അയാളുടെ ധർമ്മത്തിൽ യോജിച്ച് മാത്രമേ നിസ്സംഗമായ ഭാവനയെ അനുഭവിക്കാൻ പറ്റൂ അവിടെ എന്തായാലും അനുഭവിക്കേണ്ടി വരുന്നു പ്രാരംഭം കൊണ്ടുവരുന്ന ക്ലേശങ്ങൾ അതിനെ അയാൾ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്ന നിസ്സംഗമായ ഭാവനയോടുകൂടി ആ ക്ലേശങ്ങൾ ദുഃഖങ്ങള് വൈതരണികളെ നേരിടാൻ വേണ്ടിയിട്ട് പറയുന്നു അല്ലാതെ മറ്റൊരുവന്റെ ധർമ്മത്തെ ഗൃഹസ്ഥന്റെ ധർമ്മത്തെയോ മറ്റും സന്യാസധർമ്മത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല അത് പറയുന്നു അതുപോലെ തന്നെ ഗൃഹസ്ഥനെ ആ ഗ്രഹസ്ഥന്റെ ധർമ്മങ്ങളെ നിസ്സംഗമായി അനുഷ്ഠിക്കാനാണോ അല്ല സന്യാസിയുടെ ധർമ്മത്തെ പരിപൂർണമായ ത്യാഗത്തേറ്റാണ് പറയും ഗ്രഹസ്ഥന് വിധിച്ചിട്ടുള്ള ധർമ്മങ്ങളെല്ലാം അയാൾ നിസ്സംഗമായി അനുഭവിക്കും അപ്പൊ എവിടെയാണോ നിസ്സംഗമായി അനുഭവിക്കാൻ പറയുന്നത് അത് ശാസ്ത്രീ പറയുന്നതല്ല ത്യജിച്ചിട്ട് പൂജിക്കാനല്ല പറയും അങ്ങനെ പറയുന്നതിൽ തന്നെ സ്വധർമ്മത്തെ അനുഷ്ഠിക്കാനാണോ പറയുന്നത് അതുകൊണ്ടൊരിക്കലും ഈ വ്യാഖ്യാനിക്കുന്ന തരത്തിൽ ആർക്ക് വേണമെങ്കിൽ എന്തും നിസ്സംഗമായി അനുഭവിക്കാം എന്ന് പറയുന്നില്ല പിന്നെ പലപ്പോഴും അത് സംഭവിക്കുന്നത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർ പറയുന്നത് ഇത് വേറൊരു വശമാണ് ഒരുതരം വൃഥാനുകരണത്തെയാണ് കാരണം ചില മഹാത്മാക്കളുടെ ജീവിതത്തിൽ ധർമാധർമ്മ അന്യായ അന്യായം ഇതിനൊക്കെ ഉപരിയായി ജീവിച്ച ചെറുടേക്ക് അപൂർവം നമ്മളവരെ അവധൂതന്മാർ പറയും നാറാണത്ത് പ്രാന്തനയും പാക്കനാരിയും പോലെയൊക്കെയുള്ള ആൾക്കാർ അപ്പം അവരെ അനുസരിച്ചാണ് ഈ വിവരദോഷികൾ പറയുന്നതെങ്കിൽ അതും അബദ്ധമാണ് പാക്കനാർ എന്താ പശുവിനെ കൊന്നു തിന്നുന്ന ശൗചാചാരങ്ങളൊന്നും ഇല്ലാത്ത പറയപ്പുടലിൽ ചെന്ന് അവിടുത്തെ ഭക്ഷണം എടുത്തു കഴിച്ചു അത് കഴിച്ചിട്ട് നേരെ അടുത്ത് പോയി വെള്ളം കുടിക്കാൻ വേണ്ടി പോയതവിടെ കൊല്ലന്റെ ആനയിൽ തിളച്ച് മറിഞ്ഞുകൊണ്ടിരുന്ന ഇരുമ്പ് ഉരുക്കിയ വെള്ളം എടുത്ത് കുടിച്ചു അപ്പോൾ അത് നിസ്സംഗമായിട്ടുള്ള ഭോഗമല്ല അവിടെ അവിടെ ത്യാഗത്തിനും ഭോഗത്തിനുമൊക്കെ അപ്പുറമുള്ള ഒരവസ്ഥയാണ് അവിടെ ത്യാഗത്തിൻ്റെ ഭോഗമുണ്ട് അതിനുപരിയായി പോർന്ന ഒരവസ്ഥയാണ് അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ശൌചാചാരങ്ങളില്ലാത്ത പറയക്കുടലിലുള്ള ഭക്ഷണവും ഇരുമ്പൂരിക്കുവെച്ചിരിക്കുന്ന പാനീയവും രണ്ടുപോലാണ് അപ്പോൾ അതിനെ നമുക്ക് ഒരാൾക്ക് സാധനയായിട്ട് ഉപദേശിക്കാനോ അല്ലെങ്കിൽ വേറൊരാൾക്ക് വൃത അനുകരിക്കാനോ പറ്റിയ കാര്യങ്ങളല്ല അതെല്ലാം ചില മഹാത്മാക്കളുടെ അവസ്ഥകൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ നമ്മളെ നിരൂപണത്തിന് ഉപരിയായിരിക്കുന്ന കാര്യങ്ങളാണത് അതൊന്നും സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ആരും ഉപദേശിക്കാറില്ല ഉപദേശിക്കുന്നവന് ഇത് ചെയ്യേണ്ടി വരും ബാക്കിനാർ ചെയ്ത പോലെ ചെയ്യേണ്ടി വരും അത് ചെയ്യാൻ തൻ്റെ ധർമ്മത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ട് പറയുന്നത് എന്നെ ഇതൊന്നും ബാധിക്കത്തില്ല ഞാൻ നിസ്സംഗനാണോ ആത്മാവാണോ അതുകൊണ്ട് എനിക്ക് എന്തുമാകാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാനും കുഴപ്പമില്ലെന്നുള്ളിൽ ഞങ്ങളിത് ചെയ്യേണ്ടി ഉരുകി ഇരിക്കുന്ന ഇരുമ്പും എടുത്ത് കുടിച്ച് പച്ചവെള്ളവും ഒരേ വായുകൊണ്ട് ഒരേ സമയം കുടിക്കേണ്ടി വരും അങ്ങനെ കുടിക്കാൻ കഴിയുള്ള ആരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ കഥയിൽ കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള അവിടെ ഇതില്ല ഇത് രണ്ടുമില്ല അവിടെ ത്യാഗവുമില്ല ഭോഗവും ഇല്ല ത്യാഗമൊന്നും ഭോഗമെന്നും പറയുന്ന രണ്ടും ആപേക്ഷികമായ ഒരു തലത്തിലുള്ളതാണ് സാധനയുടെ തരത്തിലുള്ളതാണ് അവിടെ ഇത് രണ്ടും ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്ന നിയമങ്ങളെയെല്ലാം കർശനമായി തന്നെ പാലിക്കേണ്ടി വരും അതുകൊണ്ട് തിരിച്ചിട്ട് കുതിക്കുക എന്ന് പറയുന്നത് പറയുന്ന ആശയം എന്ന് പറയുന്നത് വലിയ അപകടം പിടിച്ച ഒരു ആശയമാണ് ആർക്കും ദുരാചാരിയാകുന്നതിനുള്ള ഒരു ലൈസൻസാണ് ഒരു ബ്രഹ്മചാരിക്കോ സന്യാസിക്കോ ഒക്കെ പറയാം എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഞാൻ തിരിച്ചിട്ട് കുതിക്കുക എന്നെ ഇതൊന്നും ബാധിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് ഈശാവാസി ഉപനിഷത്തിൽ പറഞ്ഞു ഋഷിമാര്യനെ പറഞ്ഞിരിക്കണം നിസ്സംഗമായി എന്തും ചെയ്യാം അനുഭവിക്കാം യാതൊരു ദോഷമുണ്ട് അത് മനുഷ്യനകപ്പതിപ്പിക്കുന്ന ഉപദേശമാണ് അതുകൊണ്ടാണ് ആചാര്യസ്വാമികളത് വ്യക്തമായും തന്നെ വ്യാഖ്യാനിച്ച ത്യാഗേന ത്യാഗത്തിലൂടെ ഭുജീത പാലയേത നീ എന്നെ രക്ഷിക്കുന്നതാണ് അത് മറ്റതാണെങ്കിൽ തന്നെ നശിപ്പിക്കുന്നതായിരിക്കും അതുകൊണ്ട് അത്തരം വ്യവഹാരങ്ങൾ അത്തരം വ്യാഖ്യാനങ്ങൾ ഇതെല്ലാം മനുഷ്യന് ആശയക്കുഴപ്പങ്ങളുണ്ടാക്കുന്നതാണ് ഇതിൻ്റെ ഒന്നും താല്പര്യം മനസ്സിലാക്കാതെ ഒരു തലങ്ങൾ ആധ്യാത്മികതയ്ക്ക് തന്നെ എത്രയോ തലങ്ങളുണ്ട് അധികാരികളുടെ ഭേദമനുസരിച്ച് ഓരോ ആശയങ്ങൾ പലരും പലതരത്തിൽ ഉൾക്കൊള്ളുകയും അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടി വരും പക്ഷേ ഈ ഒരു തലങ്ങൾക്കും യോജിക്കാത്ത വ്യാഖ്യാനങ്ങളാണ് ഇതല്ല എന്തിന് ഒരു വ്യക്തിയുടെ സ്വന്തം നിലപാടുകളെ വൃതാ ന്യായീകരിക്കുന്നതിനുള്ള വ്യാഖ്യാനങ്ങളാണ് ഇത് വരുന്നത് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് അതിന് അതിന്റേതായ മഹത്വമുണ്ട് അത് ശ്രേഷ്ഠമാണ് സംശയമില്ലാത്ത കാര്യമാണ് സന്യാസത്തിന് അതിന് അതിൻ്റെതായ മഹത്വം കൊണ്ട് അതും ശ്രേഷ്ഠമാണ് ഇത് രണ്ടും രണ്ടു തന്നെയാണ് ഇത് രണ്ടും ഒന്നാകത്തില്ല ഒരിക്കലും രണ്ടിന്റെയും ധർമ്മം രണ്ടാണ് രണ്ടിന്റെയും ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ രണ്ടാണ് ഇത് രണ്ടും ഒരിക്കലും ആർക്കും കൂട്ടിക്കൊക്കാൻ ഒക്കത്തില്ല ഒക്കില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു സന്യാസത്തിന്റെ പരമമായ അവസ്ഥ എന്ത് അതാണ് പിന്നെ ഈ പറയുന്നുണ്ടല്ലോ ശങ്കരാചാര്യരുടെ മഠങ്ങളിൽ ശങ്കരാചാര്യ പറഞ്ഞ് ലോഹത്തിൽ തുടരുതെന്ന് പറഞ്ഞു ശങ്കരാചാര്യ അങ്ങനെ പറഞ്ഞിട്ടില്ല ശങ്കരാചാര്യർ പറഞ്ഞതെന്ന് തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്ന ഒരു കേൾക്കുന്ന ഒരു വലിയ സൗഭാഗ്യമാണ് അങ്ങനെ ശങ്കരാചാര്യർ പറഞ്ഞതായി ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിരിക്കുന്ന സ്മൃതികളിലാണ് അങ്ങനെ പറഞ്ഞ സ്മൃതികളെ ശങ്കരാചാര്യ പിന്താങ്ങിയിരിക്കുകയാണ് അത്തരം അത്തരം സ്മൃതികൾ ശങ്കരാചാര്യർക്ക് മുമ്പും ശങ്കരാചാര്ക്ക് പിൻപും ഉണ്ടായിരുന്നു വേദി ധർമ്മസമുച്ചയം പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ശങ്കരാചാര്ക്ക് പിന്നിലുണ്ടായതാണ് അത്തരം ഗ്രന്ഥങ്ങളിലും പറയുന്നതാണ് സന്യാസി എന്ന് പറയുന്നത് പട്ടണത്തിൽ താമസിക്കാൻ പാടില്ല ഗ്രാമത്തിനും പുറത്തായിരിക്കണം അരണ്യത്തിൽ വനത്തിൽ തന്നെ കഴിയണം ആഹാരത്തിന് വേണ്ടി മാത്രമേ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാവൂ നഗരത്തിൽ താമസിക്കാൻ പാടില്ല ഗൃഹസ്ഥന്റെ വീട്ടിൽ പോയി താമസിക്കാൻ പാടില്ല ഒരു കരുടെ ആശ്രമങ്ങൾ ഉണ്ടാക്കാനോ അത്തരം കാര്യങ്ങൾ പിന്നെ ചിന്തിക്കാനും കൂടെ ഇല്ല പിന്നെ ആത്മവിചാരത്തിൽ കഴിയണം ആഹാരത്തിന് വേണ്ടി വിക്ഷാടനം നടത്തിപ്പോണം അതിനും ചില നിയമങ്ങളൊക്കെ വെച്ച് വേറെ യാതൊരു കർത്തവ്യവുമില്ല എന്ന് പറയുമ്പോൾ അതിനൊക്കെ സന്മനസും സൗകര്യവും ഉള്ളവൻ സന്യാസി ആയാ മതി അപ്പോൾ എനിക്കിപ്പോൾ സന്യാസി ആകണം ഇതിനൊന്നും സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പറഞ്ഞോ ഇതാകാം പറഞ്ഞിരിക്കുന്ന ഇതാ ഇതിനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ ഇതായാ മതി ഉണ്ടെങ്കിൽ വേണ്ട അപ്പൊ ആ ഒരു മനോഭാവത്തിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിനൊന്നും എനിക്ക് സൗകര്യം ഇല്ല സന്യാസി ആകണോന്ന് പറഞ്ഞു ഇതങ്ങനെ രണ്ടും കൂടെ ശരിയാ അപ്പൊ ഇനി ശങ്കരാചാര്യന്റെ മഠത്തിൽ ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസത്തിന് വിരുദ്ധമായ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ എന്തിനാ ശങ്കരാചാര്യരുടെ മഠത്തിൽ വരെ പോകുന്നു നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കിയാണ് നമ്മൾ പഠിക്കുന്നതും അറിയുന്നതിനും നിരക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ നമ്മളിലെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും മഠത്തിൽ കാണുന്നതിനും എന്താ ദോഷം നമ്മൾ അറിയുന്നതും പഠിക്കുന്നതും അനുസരിച്ചാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കുന്നത് നല്ലതാണ് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളുടെ അറിവിന് വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും മഠത്തിൽ നടക്കുന്നതിന് നമുക്ക് എന്താ ഇത്ര അസ്വസ്ഥപ്പെടേണ്ട കാര്യം അപ്പൊ പതൊക്കെ സംഭവിക്കാം അപ്പോ സ്വാഭാവികമായിട്ടൊരു ചിന്താഗതി വരുവോ ഇങ്ങനെയുള്ളൊരു സന്യാസം ത്തിന് മാതൃകയായിട്ട് നമുക്കിപ്പോ ഏത് സ്ഥലത്തെ എടുക്കാൻ പറ്റും ഏത് വ്യക്തിയെടുക്കാൻ പറ്റും അപ്പൊ പിന്നെ ഇത് പ്രായോഗികമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും അതിന് വരുന്ന സമാധാനം എന്ന് പറയുന്നത് ഇതെല്ലാം എന്താണ് ബാഹ്യമായ ധർമ്മങ്ങൾ ആചാരങ്ങൾ അത് കാലത്തിനനുസരിച്ച് മാറി വരുന്നു എന്നർ സങ്കരചാര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് അപ്രായോഗികമാണ് പലത് പ്രായോഗികമായി അനുഷ്ഠിക്കാനുള്ള സാഹചര്യങ്ങൾ മാറിപ്പോയി ഒരു ഉദാഹരണം വനത്തിൽ താമസിക്കണമെന്നു പറഞ്ഞാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് വനത്തിൽ താമസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ് കന്യാകുമാരി മുതലങ്ങ് ഹിമാലയം നേപ്പാള് തിബത്ത് വരെയുള്ള വനങ്ങളിലെല്ലാം ഞാൻ പോയി നോക്കിയിട്ടുണ്ട് കന്യാസിമാർക്ക് താമസിക്കാൻ പറ്റിയ വനം ഇന്നില്ല കാരണം എല്ലാ ഗവൺമെന്റ് വകയാണ് വനം അവിടെ പോയി നമ്മൾ താമസിച്ച് കഴിഞ്ഞാൽ ജയിലിൽ കൊണ്ടിടും താമസിക്കാൻ അനുവാദമില്ല വനത്തിൽ താമസിക്കാൻ സന്യാസിക്കുന്ന അനുവാദം അഭു പിന്നെ വനത്തിനങ്ങനെ താമസിക്കും ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് വനത്തിൽവാസി ഹരണ്യവാസമാണ് സന്യാസിക്ക് വിധിച്ചിരിക്കുന്നത് അപ്പൊ ഇന്നിപ്പോ അത് പറ്റത്തില്ല പറ്റില്ലെങ്കിൽ ഇതിന്റെ ആശ്രമത്തിൽ താമസിക്കേണ്ടി വരും അപ്പൊ അത് കാലം മാറിയത് കൊണ്ട് വരുന്ന കാര്യങ്ങളാണ് അങ്ങനെ വരുന്ന മാറ്റങ്ങളൊക്കെ അനുസരിച്ച് പോവുക എന്നുള്ളത് ഇന്നത്തെ സന്യാസത്തിന് നിവർത്തി അന്നത്തെ കാലത്തിന് യോജിച്ച രീതിയിൽ അങ്ങനെയുള്ള ബാഹ്യമായ വ്യവഹാരങ്ങൾക്ക് അന്ന് നിർദ്ദേശിച്ചു പക്ഷെ ഇന്നത്തെ കാലത്തിന് യോജിച്ച രീതിയിൽ അതിന് മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നതൊന്നും സാധ്യമല്ലാത്തോണ്ട് ഭിക്ഷാടനം ഭിക്ഷാടനം കഴിക്കണമെന്ന് പറഞ്ഞു ഭിക്ഷാടനം എന്ന് പറയുന്ന എല്ലാ രാജ്യത്തിലും നിരോധിച്ചിട്ടുള്ള കാര്യമാണ് യാചക ഇരക്കണ്ട യാചക നിരോധിത മേഖല എവിടെ ചെന്നാലും ജീവിതം പിന്നെ എങ്ങനെ ഭിക്ഷാടനം നടത്തും ഇന്നത്തെ നിയമത്തിനെതിരായ കാര്യം ഇങ്ങനെ നടത്താൻ പറ്റും അപ്പൊ പിന്നെ ആശ്രമത്തിൽ കഴിക്കുക ഭക്ഷണം പാകം ചെയ്ത് അപ്പോൾ അത് കാലം വരുത്തുന്ന കാര്യങ്ങളാണ് അതിന് നമ്മൾ അതിന് ഉത്തരവാദികളല്ല അത്തരം കാര്യങ്ങളിൽ കാലാനുസൃതമായ പരിധികൾ സന്യാസിമാര് സ്വീകരിക്കുക എന്നുള്ളത് സ്വീകരിക്കേണ്ടി വരും പിന്നെ അതിന്റെ തത്വത്തിൽ ആശയത്തിൽ എന്നതൊക്കെയാണ് ബാഹ്യമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഏത് ധർമ്മമാണെങ്കിലും കാലാനുസൃതമായ രീതിയിൽ കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മളത് ചെയ്യും ശങ്കരാചാര്യരുടെ മഠങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു അതുതന്നെ നമ്മുടെ മഠത്തിലൊക്കെ സംഭവിക്കുന്നത് തന്നെ അവിടെയും സംഭവിച്ചിരിക്കുന്നു അപ്പുറത്തേച്ചൊന്നും അവരെ വിമർശിക്കാനോ കുറ്റം നമുക്ക് അർഹതയില്ല അത്രേ അത് കാലത്തിന്റെ പ്രത്യേകതയാണ് ലോഹത്തിൽ തൊടാൻ പാടില്ലെന്ന് പറയുന്നത് ലോകത്തിൽ തൊടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുമെന്ന് ോഹമില്ലാതെ ജീവിക്കാൻ പറ്റും പറ്റത്തില്ലല്ലോ അതുകൊണ്ടും അതൊക്കെ കാലം കൊണ്ടുവരുത്തി മാറ്റം പക്ഷെ അങ്ങനെയുള്ള മാറ്റങ്ങൾ അനിവാര്യങ്ങളായി വരുന്ന മാറ്റങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നിടത്തോളം സ്വീകരിക്കുമ്പോൾ ആദർശത്തിന് വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രമിക്കുക അതാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം അല്ലാതെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ ജീവിക്കാനും പറ്റത്തില്ല അപ്പോൾ അതെല്ലാം വേണ്ടിവരും അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സമൂഹ സേവനമൊക്കെ സന്യാസത്തിലേക്ക് കടന്നു വന്നത് അപ്പോൾ അതെല്ലാം ഇന്നത്തെ കാലത്തിൽ വരുന്ന മാറ്റങ്ങളാണ് അവിടെ നമ്മൾ അതിന്റെ ആദർശത്തിൽ ഇത്തരം എന്താണ് മനുഷ്യനെ വഴിയിലെത്തിക്കുന്ന വ്യാഖ്യാനങ്ങളും അവനവനെ തന്നെ വഞ്ചിക്കുന്ന വ്യാഖ്യാനങ്ങളും അതൊഴിവാക്കിക്കൊണ്ട് കാലാനുസൃതമായ മാറ്റങ്ങൾ സ്വീകരിച്ച് സന്യാസത്തിൽ പോവുക പക്ഷെ നമ്മളെ തന്നെ വ്യാഖ്യാനിക്കുന്ന നമ്മളെ തന്നെ വഞ്ചിക്കുന്ന വ്യാഖ്യാനങ്ങൾ അത് പാടില്ലാന്നുള്ള പ്രത്യേകിച്ചിട്ട് ഭജിക്കുക എന്നൊക്കെ പറയുന്ന വ്യാഖ്യാനങ്ങളാണ് അത് ഒരു കാലത്ത് സ്വീകാര്യമായ കാര്യങ്ങളുണ്ട് തത്വത്തിലോ ആദർശത്തിലോ മാറ്റം വരുന്നില്ല ബാഹ്യമായ അനുഷ്ഠാനങ്ങളിലും മാറ്റം വരും ദോഷം കാരണം അത് കാലത്തിൻ്റെ മാറ്റമാണ് അത് ഉൾക്കൊണ്ടേ പറ്റൂ അതിനെതിരായി അതിന് പുറം തിരിഞ്ഞു നിന്നിട്ട് ഒരു ധർമ്മത്തിലും ഒരാചാരത്തിലും ആർക്ക് നിൽക്കാനോട്ട് കഴിയത്തുമില്ല അപ്രായോഗികമാകുന്നു അപ്പം ഇന്നത്തെ കാലത്ത് സന്യാസം ഈ രീതിയിലൊക്കെ ആശ്രമങ്ങളും പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ കാലത്ത് സന്യാസം മുന്നോട്ട് പോകാൻ പറ്റും എല്ലാ പറ്റത്തില്ല അവിടെ ഒരാൾക്ക് ത്യാഗിയായി ജീവിക്കാൻ വേണ്ടോ അതെങ്കിലും മര്യാദകാരനായിട്ട് ജീവിക്കാൻ വേണ്ടോ സദാചാര ബോധത്തോടു കൂടി അപ്പം അതിന് യോജിക്കുന്ന കുറഞ്ഞപക്ഷം ഒരു സദാചാര ബോധത്തിലെങ്കിലും ജീവിക്കുന്നതിന് പറ്റിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ശങ്കരാചാര്യന്റെ മഠങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ എല്ലാ മഠങ്ങൾക്കും അത് ഇന്നത്തെ കാലം കൊണ്ട് വരുന്ന മാറ്റങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി പിന്നെ ഇവിടെ ചോദിച്ചത് ഞാൻ ഉത്തരം പറഞ്ഞ കാര്യം തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ കർമ്മവും ജ്ഞാനവും ഭക്തിയും ഒരു പക്ഷിയുടെ രണ്ട് ചിറകും വാനും പോലെയാണെന്ന് പറയാറുണ്ട് ഈ ഉദാഹരണം ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമാണോ അല്ല ഞാൻ പറഞ്ഞല്ലോ സന്യാസത്തിനും കാലം കൊണ്ട് മാറ്റങ്ങളൊന്നും ലോക സേവനമൊന്നും പഴയ കാലത്ത് സന്യാസമെന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന് ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ശങ്കരാചാര്യർക്ക് ശേഷം വന്ന ആചാര്യന്മാർ സന്യാസമെന്ന് പറയുമ്പോൾ അതിന് പുതിയ പുതിയ മാനങ്ങളെല്ലാം കണ്ടെത്തി അവിടെയൊന്നും നമ്മളൊന്നും മനസ്സിലാക്കുക സന്യാസം എന്ന് പറയുന്ന ആദർശത്തിന്റെ മൂല്യ മൂല്യച്യുതി അവിടെയൊന്നും വരുന്നില്ല സന്യാസത്തിന്റെ ബാഹ്യമായ പ്രവർത്തനങ്ങൾ എങ്ങനെ വരണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചത് കാലാനുസൃതമായി സന്യാസത്തിന് സമൂഹ സേവനവും മറ്റും വേണം വ്യാനന്ത സമയങ്ങളൊക്കെ പോലെയുള്ള കാരണം ആവശ്യത്തേക്ക് കൂടുതലും തിരിച്ചുവിട്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാഹ്യമായ പ്രവർത്തനങ്ങൾ ആകാം നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ ഗീതും മറ്റും പറയുന്ന പോലെയുള്ള പ്രവർത്തനങ്ങളാകാം അവിടെയൊന്നും ഈ ത്യജിച്ചിട്ടുള്ള ഭോഗമുണ്ടാകും അത് ഇത് രണ്ടും കൂടെ കൂട്ടി വയ്ക്കരുത് സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ഭോഗമെന്ന് പറയുന്ന ഒന്നില്ല ത്യാഗമേ ഉള്ളൂ ആ ത്യാഗത്തിൽ നിന്നൊന്നും ഉണ്ടവിടാം ഭോഗത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള കർമ്മങ്ങളാകാം ഭോഗമെന്ന് പറയുന്നൊരു വാക്കിനെ അവിടെ പ്രസക്തിയില്ല സന്യാസം എന്ന് പറയുന്നത് ത്യാഗം എന്ന് പറയുന്നത് എല്ലാം വരുന്നതുപോലെ അനുഭവിക്കാതില്ല സന്യാസി അവിടെ ധർമാധർമ്മ വിവേകം ചെയ്ത് സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു തന്റെ ധർമ്മത്തിന് യോജിച്ച കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു മനുഷ്യ സേവനമാണെങ്കിൽ അതുമാകാം അതിന് വിരോധമൊന്നുമില്ല അങ്ങനെ വരുന്ന സന്യാസി ജ്ഞാനവും കർമ്മവും ഭക്തി എല്ലാം അതിനൊന്നും യാതൊരു ദോഷമുണ്ട് അവിടെ ഭോഗം ഇവിടെ വരുന്നു അതിനെയാണ് അതാണ് അങ്ങനെ ഉപനിഷത്ത് മന്ത്രങ്ങളെ വ്യാഖ്യാനിക്കരുതെന്നേ ഞാൻ പറയുന്നു അല്ല സന്യാസി സമൂഹത്തിന് സേവനം ചെയ്തതെന്നോ അല്ലെങ്കിലും വിവേകാനന്ദ സ്വാമിയോ മറ്റുള്ളവരോ പറഞ്ഞ ആശയങ്ങൾ തെറ്റാണെന്നോ ഒന്നുമല്ല പറയുന്നത് മറ്റത് പിടിച്ച വ്യാഖ്യാനമാണ് പാടിന്റെ ശങ്കരാചാര്യർ പറയുന്ന ഗ്രഹസ്ഥാശ്രമവും സന്യാസവും അതാണ് ശങ്കരാചാര്യ മുമ്പിലുള്ള രണ്ട് ധർമ്മങ്ങൾ ഒന്ന് ഗൃഹസ്ഥ ധർമ്മവും രണ്ട് സന്യാസധർമ്മം അല്ല ശങ്കരാചാര്യർ സമുച്ചയിക്കാൻ പാടില്ലെന്ന് പറയുന്ന എന്താണ് ഒരിക്കലും സന്യാസി ഗൃഹസ്ഥന്റെ ധർമ്മങ്ങളെ സ്വീകരിക്കരുതെന്നാണ് അതാണ് സമുച്ചയിക്കരുതെന്ന് പറയുന്നത് ഞാനും ധർമ്മവും കൂടെ സമുച്ചയിക്കരുതെന്ന് പറയുന്ന അതാണ് അല്ലെങ്കിൽ ഗ്രഹസ്ഥനൊരിക്കലും സന്യാസിയുടെ ധർമ്മത്തെ സ്വീകരിക്കരുതെന്നാണ് ഗ്രഹസ്ഥന് സമ്പത്ത് വേണം ഭാര്യപുത്രാദികളോട് ആ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കണം സന്യാസിയുടെ ധർമ്മം സ്വീകരിക്കാനൊക്കെ തന്നെ സന്യാസിക്കൊരു ഭാര്യയും വേണ്ട അവർക്ക് വേണ്ടി സമ്പത്തുണ്ടാക്കണ്ട അപ്പം ആ സന്യാസിക്കും ആവശ്യമില്ല അപ്പം ഇത് എന്നും രണ്ടും തന്നെയായിരിക്കും ലോകം ഉള്ളിടത്തോളം കാരണം ഇങ്ങനെ രണ്ട് ആശയം ഉണ്ടെങ്കിൽ രണ്ടായിട്ട് എനിക്ക് ഇതിനെ ആർക്കും ഒരിക്കലും സമുച്ചയിക്കാനൊട്ട് സാധ്യവുമല്ല പിന്നെ സന്യാസി ചെയ്യുന്ന സാമൂഹ്യ സേവനം നിഷ്കാമകർമ്മം ഈശ്വരാരാധനാരൂപത്തിൽ ചെയ്യുന്ന കർമ്മം ഇതൊന്നും ഗൃഹസ്ഥധർമ്മമല്ല അതുകൊണ്ടവിടെ ഗൃഹസ്ഥ ധർമ്മവുമായിട്ടവിടെ സമുച്ചയിക്കുന്നുമില്ല ശങ്കരാചാര്യർ പറയുന്ന സമുച്ചയം ഒരിക്കലും സമുച്ചയദോഷം ഒരിക്കലും സന്യാസി വരുന്നില്ല അയാൾ തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു ഇല്ല അയാൾ നന്മ സമൂഹ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നു അയാൾ കർത്തൃത്വ ബോധത്തോടുകൂടി എന്തെങ്കിലും ചെയ്യുന്നു ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന വിചാരത്തോടുകൂടി ഈ കർമ്മത്തിന്റെ ഫലം എനിക്ക് അനുഭവിക്കണം എന്ന വിചാരത്തോട് കർമ്മം ചെയ്യുമ്പോഴാണ് താൻ കർത്താവും ഭോക്താവും ആകുന്നത് സന്യാസിയുടെ കർമ്മത്തിൽ രണ്ടുമില്ല ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ള ഭാവമില്ല ഈ പ്രവൃത്തിയുടെ ഫലം എനിക്ക് അനുഭവിക്കണം എന്നുള്ള ഭോക്തൃത്വഭാവവും ഇല്ല ഇത് രണ്ടുമില്ലാതെയാണ് സന്യാസി കർമ്മം ചെയ്തു അപ്പൊ അങ്ങനെയുള്ള കർമ്മവും ജ്ഞാനവും ഭക്തിയും ഒക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് പക്ഷിയുടെ തിരകും വാനും പോലെയാണ് പറഞ്ഞിരിക്കുന്നു അത് ഗൃഹസ്ഥധർമ്മമല്ല അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വ്യക്തമായി പറഞ്ഞാണ് ശങ്കരാചാര്യൻ നിഷേധിക്കുന്നത് കർത്തൃത്വഭോക്തൃത്വത്തോടു കൂടിയുള്ള ഗ്രഹസ്ഥന്റെ കർമ്മങ്ങൾ അതും വിശേഷിച്ച് പറയുന്ന വൈദികമായ കർമ്മങ്ങൾ ശ്രൗത സ്മാർദ്ദ കർമ്മങ്ങൾ അതും താൻ ആത്മാവാണോ എന്നുള്ള സന്യാസിയുടെ ആത്മബോധവും തമ്മിൽ സമുച്ചയിക്കാൻ പറ്റത്തില്ലെന്നാണ് രണ്ടുപേരാൾക്ക് ഒരേ സമയം അനുഷ്ഠിക്കാൻ സാധ്യമല്ലെന്ന പറഞ്ഞത് അല്ലാതെ സന്യാസിയുടെ നിഷ്കാമ കർമ്മത്തെയോ എന്നുവച്ചാൽ സന്യാസി ത്യാഗം ഒരു സാധനയായി അനുഷ്ഠിക്കുന്നവരാണ്ട് സന്യാസി എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച അതിന് പല മാനങ്ങളുണ്ട് ത്യാഗത്തൊരു ഈശ്വരാന്വേഷണത്തിനുള്ള ഒരു ഉപാധിയായി ഒരു സാധനയായി സ്വീകരിക്കുന്ന ഒരാളുടെ പ്രവൃത്തി ആ പ്രവൃത്തിയിൽ അയാൾ നിരന്തരം പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് തന്റെ കർതൃത്വ ഭോക്തൃത്വ ഭാവനകളെ ഇല്ലാതാക്കാനാണ് ഞാൻ കടത്താവാണ് ഞാൻ ഭോക്താവാണെന്നുള്ള ഭാവന തന്നെ കടന്നുവരുമ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ട് ഈശാവാസ വിധം സർവ്വം എന്നുള്ള ഭാവനയോടുകൂടി പ്രവർത്തിക്കാനാണ് അയാൾ നിരന്തരശീലിച്ചുകൊണ്ടിരിക്കുന്നത് അത് അയാളുടെ കയ്യിൽ ഒരു സിദ്ധിയുടെ രൂപത്തിലല്ലെങ്കിലും ഒരു സാധനയുടെ രൂപത്തിലെങ്കിലും നിലനിൽക്കും അങ്ങനെയുള്ള ഒരാൾ അയാൾ കർമ്മത്തെ അവലംബിക്കുന്നു തത്വജ്ഞാനത്തെ അവലംബിക്കുന്നു ഈശ്വരഭക്തിയെ അവലംബിക്കുന്നു ഇതെല്ലാം അയാൾ ഇരിക്കാം മറിച്ച് ഒന്നു മാത്രം പാടില്ല എന്താണോ ഭുജിക്ക ഭോക്തൃത്വം അത് വരുന്നില്ല അവിടെ ആ ഭോക്തൃത്വവും ആകാം എന്താണോ താൻ അസംഗനാണ് ആത്മാവാണെന്ന് വിചാരിച്ചു കൊണ്ട് വന്നുചേരുന്നതിനെല്ലാം അനുഭവിച്ചു പോകാം ഗ്രാഹ്യത്യാജ്യ വിവേചനങ്ങളൊന്നും വേണ്ട എന്നുള്ള വ്യാഖ്യാനമാണ് വേറെ എന്ന് പറയുന്നത് അത് മനുഷ്യനെ ദുരാചാരിയായി മാറ്റുന്നതാണ് ആരെങ്കിലും അങ്ങനെ വ്യാഖ്യാനിക്കുകയാണ് ഞാൻ അങ്ങനെ പ്രവർത്തിക്കുകയാണ് വ്യാഖ്യാനിക്കുന്നതും പ്രവർത്തിക്കുന്നു എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല ഞാൻ നിസ്സംഗനായ ആത്മാവാണ് എന്ന് പറഞ്ഞിട്ടൊരു സന്യാസ ധർമ്മത്തിൽ ജീവിക്കുന്നവൻ പറഞ്ഞിട്ട് ആ ധർമ്മത്തിന് വിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത് എന്ത് അനുഭവങ്ങൾ എന്നെ ബാധിക്കുന്നെന്ന് പറയണമെങ്കിൽ അവനെ പിടിച്ചു നിർത്തി അവന്റെ കരളെ കുറ്റിക്ക് രണ്ടു കൊടുത്തിട്ട് ചോദിക്കും ഇത് നിന്നെ ബാധിക്കുന്നുണ്ടോ ചോദിക്കുന്നു അതും ബാധിക്കുന്നില്ല നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു പിന്നെ നമസ്കരിക്കുക അയാൾ നേരത്തെ പറഞ്ഞതുപോലെ പാക്കനാരെ പോലെയോ നാരായണത്ത് ഭ്രാന്തനെ പോലെയൊക്കെ ഉള്ള അവസ്ഥയിലെത്തിച്ചേർന്നു അത് കൊടുക്കണം കൊടുത്തിട്ട് ചോദിക്കുന്നു ഇപ്പൊ ചൂടാണോ തണുപ്പാണോ എങ്ങനെയാണ് നമ്മൾ പ്പോഴും പറയാനും നിസ്സംഗനായിട്ട് ഇതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല ആത്മാവിനെ അടി കൊള്ളത്തില്ല ശരീരത്തിന് കൊണ്ടാകാതെ ആത്മാവിനെ ബാധിക്കത്തില്ല എന്നൊക്കെ പറയാനും ആത്മഭാവത്തിൽ തന്നെ ഇരിക്കാനും കഴിവുണ്ടെങ്കിൽ പിന്നെ അടിക്കരുത് പിന്നെ നമസ്കരിക്കണം കാരണം അയാൾ ഇതിനൊക്കെ അതീതനായി കഴിഞ്ഞു അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളുക അല്ലാതെ ഒരിക്കലും ഇത് ത്യാഗവും ഭോഗവും ഒരാൾക്ക് സമന്വയിപ്പിക്കാൻ ഒരിക്കലും സാധ്യമേ അല്ല രണ്ട് വിരുദ്ധ ധ്രുവങ്ങളാണ് അതുകൊണ്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞതും ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് മുമ്പില് യാതൊരു വ്യത്യാസം അല്ലെങ്കിൽ ഇന്നുള്ള ഗുരുക്കന്മാർ പറയുന്ന കാര്യങ്ങളും സബ്ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളും മുമ്പിൽ യാതൊരു വ്യത്യാസം എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് കാലാനുസൃതമായി വരുന്ന മാറ്റങ്ങളാണ് അത് സ്വീകരിച്ചോളൂന്ന് പഴയ മനുവിന്റെ കാലം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മനുവിന്റെ കാലത്തുണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥിതികൾ അത്തരം സാമൂഹിക വ്യവസ്ഥിതികളൊക്കെ മാറിക്കൂയില്ലേ കാലം കൊണ്ട് അപ്പം അങ്ങനെ വരുന്ന സ്മാർത്ഥമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കാലാനുസൃതമായി സ്വീകരിച്ചോളൂ എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട് ലക്ഷിമാര് അത് കാലാനുസൃതമായ മാറ്റങ്ങൾ നമ്മൾ സ്വീകരിക്കത്തില്ല എന്ന് ഉള്ള സാഠ്യമാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അങ്ങനെ പറയുന്നിടത്താണ് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഞങ്ങൾ കൊള്ളത്തില്ല അന്ന് എന്ത് പറഞ്ഞോ അത് തന്നെ ഇന്നും നടക്കണം അന്ന് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ സൂദരൻ എന്നൊക്കെ പറഞ്ഞ് ഇന്നും അത് തന്നെ നടക്കണം എന്ന് പറയുന്നിടത്താണ് ഈ അടിയും പിടിയുംപുണ്ടാകും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ വഴക്കും വെക്കാണൊന്നും ഇല്ല അതിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അത് ആചാര്യന്മാർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ് കൂടാതെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മുനീനാം ഉത്തരോത്തരം ം കുഞ്ഞിമാർ ഗുരുക്കന്മാരിൽ ഉത്തരോത്തരം ഉള്ളവർ പറയുന്നതിനാണ് നമ്മൾ പ്രമാണമായി സ്വീകരിക്കേണ്ടത് എന്നുവെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇന്നത്തെ ഗുരുക്കന്മാർ ഉപദേശിക്കുന്ന കാര്യങ്ങളിൽ ബാഹ്യമായ ആചാരങ്ങളിലും മറ്റും തത്വത്തിൻ്റെ അതിന്റെ മൂല്യത്തിനോ അല്ല പൂർവാചാരന്മാർ പറഞ്ഞതിൽ നിന്നും വ്യത്യാസമായി എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞ ആചാര്യന്മാരെ സ്വീകരിച്ചോളാം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഈ കാലത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർ പറയുന്നു പഴയ ആചാര്യന്മാർ പറഞ്ഞു പണ്ട് ഒരാചാര്യൻ പറഞ്ഞ് ലോഹത്തിൽ തൊടാൻ പാടില്ല ഇന്നൊരാചാര്യൻ പറയുന്നു ഇന്ന് ലോഹത്തിൽ തൊടാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്ന ആചാര്യൻ തന്നെ സ്വീകരിച്ചുകൊടുവാ നമ്മൾ ആളിനാചാര്യനായി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഉത്തരോത്തരം പ്രമാണോന്നാണ് കാരണം കാലത്തിനനുസരിച്ചുള്ള ഉപദേശങ്ങൾ കൊടുത്തു മനുഷ്യനെ നയിക്കുകയാണ് ആചാര്യന്മാരുടെ അതുകൊണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണം ശങ്കരാചാര്യർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസമായി വിവേകാനന്ദസ്വാമി പറഞ്ഞിട്ടുണ്ടെങ്കിലും വിവേകാനന്ദ സ്വാമി പറഞ്ഞെ സ്വീകരിക്കണം ബാഹ്യാചാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആന്തരികമായ തത്വത്തിൽ വ്യത്യാസം കാണത്തുമുണ്ട് രണ്ടുപേരും പറഞ്ഞിരിക്കുന്ന ഒന്നു തന്നെയായിരിക്കും അവര് വ്യത്യാസം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് പറഞ്ഞു തന്നെയാണ് ആ കാലത്ത് ജീവിച്ചിരിക്കുന്നവർ അതുകൊണ്ട് ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമാണോ ഇന്ന് പറയാൻ പോകുന്ന അങ്ങനെ വരാൻ വഴിയില്ല ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായ ഇന്ന് വരത്തില്ല എന്നാണ് എന്റെ ധാരണ അപ്പോൾ എന്നുവെച്ചാൽ പൂർവാചാര്യന്മാർ പറഞ്ഞതിന് വിരുദ്ധമായെന്നൊന്നും നമ്മൾ പറയുന്നില്ല അതിന് അതിന്റെ പൂരിതമായ രീതിയിലാണ് നമ്മൾ പറയുന്നത് മനസ്സിലാക്കണം അതുകൊണ്ട് ഈ വ്യാഖ്യാനം ഇത് ആ ചോദ്യം നന്നായി ആ ഒരു വിഷയം തിരിച്ചിട്ട് ഭജിക്കുക എന്ന് പറയുന്ന വിഷയം അത് നമ്മൾ ആ വ്യാഖ്യാനത്തെ ഒരിക്കലും പ്രചരിപ്പിക്കരുത് ഇതിനെക്കുറിച്ച് പഠിക്കുന്നവരെങ്കിലും അങ്ങനെ ഈ ഒന്നാമത്തെ മന്ത്രത്തിന്റെ താല്പര്യം ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നത് ഇത് സന്യാസത്തിനാണെന്ന് ത്യാഗേന പഞ്ചീത ത്യാഗത്തിലൂടെ ആത്മാവിനെ പരിപാലിക്കുക നിന്നെ പരിപാലിക്കുകയോ എന്ന് വെച്ചാൽ അവർ ജീവനെ ഉദ്ധരിക്കൂ അവന് ഊർജ്ജഗതി ആ ജീവനുണ്ടാക്കുക മുക്തിപഥത്തിലേക്ക് നയിക്കുക ആ ജീവനെ അതാണ് ആത്മാവിനെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെയും വാക്യാർത്ഥത്തെ കുടിച്ചിട്ട് തർക്കിക്കരുത് ആത്മാവിനെ എന്തിനെ രക്ഷിക്കണം അത് ശുദ്ധമല്ലേ മുക്തമല്ലേ അത് വേറെ വിഷയം ഇവിടെ പറയുന്നത് അങ്ങനെ അല്ല ആത്മാവിനെ നശിപ്പിക്കുന്നവനോട് പറയുകയാണ് അതിനെ രക്ഷിക്കാൻ പറയുകയാണ് അതാണ് അവിടെ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു ആരുടെയും ധനത്തെ ആഗ്രഹിക്കരുത് എന്നാണ് എന്നുവെച്ചാൽ ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങളും പിന്നീട് ആ മാർഗത്തിലേക്ക് കടന്നിട്ട് ആ മാർഗത്തിന് വിരുദ്ധമായ ആഗ്രഹങ്ങളൊന്നും വച്ച് എന്നാണ് പറയുന്നു ഇനി അതിന് വിരുദ്ധമായിട്ടുള്ള മറ്റൊരു ജീവിത കുറിച്ചാണ് അടുത്ത് പറയുന്നത് അടുത്ത മന്ത്രം ഏവം ആത്മവിധ പുത്രാദിയേഷണാത്രേ സന്യാസേന ആത്മജ്ഞാന നിഷ്ഠതയാ ആത്മാരക്ഷിത ഇഷ വേദാർത്ഥ ഒന്നാമത്തെ മന്ത്രത്തിന്റെ അർത്ഥത്തെ ഒരു വരിയിൽ സംക്ഷേപിച്ച് പറഞ്ഞിരിക്കുകയാണ് ഏവ് ഇപ്രകാരം ആത്മവിധ ആത്മജ്ഞാനിക്ക് ആത്മജ്ഞാനി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ധരിച്ചോണം ഈശാവാസ്യം ഇതം സർവമെന്ന് പറഞ്ഞ ആത്മജ്ഞാനി പുത്രാദിയേഷണാത്രേയ സന്യാസേന പുത്രാദിയേഷണാത്രേയ സന്യാസി നേരത്തെ പറഞ്ഞാണ് ചർച്ച ചെയ്താണ് ആ സന്യാസത്തിലൂടെ അതാണ് തെക്തേന എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് ത്യാഗേന ഈശാവാസം ഇതം സർവം എന്നുള്ളതിന്റെ അർത്ഥമാണ് പറഞ്ഞത് ആത്മവിധ തെക്തേന എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് അടുത്ത് പറഞ്ഞത് പുത്രാധിവേഷണാത്രയ സന്യാസേന ആത്മജ്ഞാനനിഷ്ഠതയാ ആത്മാരക്ഷിതവ്യ അത് ഭുജീധ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് ആ ആത്മജ്ഞാനനിഷ്ഠതയ ആത്മജ്ഞാനനിഷ്ഠയിലൂടെ ആത്മാരക്ഷിതവ്യ ആത്മാവിനെ രക്ഷിക്കണം ഭുഞ്ചീതയുടെ അർത്ഥമാണ് അപ്പൊ ആ ഒരു മന്ത്രത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഈശാവാസി വിധം സർവേന തെക്തേന പിന്നെ ഭുജീത ആ മൂന്ന് പദങ്ങളുടെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞത് ആത്മവിധ ഒന്ന് പുത്രദീഷണാത്രേ സന്യാസേന രണ്ട് ആത്മജ്ഞാനനിഷ്ഠതയ ആത്മാരക്ഷിതവ്യ മൂന്ന് ആ മൂന്ന് പദങ്ങളുടെ അർത്ഥം പറഞ്ഞിരിക്കുകയാണ് ഇത്യേഷ വേദാർത്ഥ ഇത് തന്നെയാണ് വേദത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മന്ത്രത്തിന്റെ താല്പര്യം മാത്രമല്ല സമ്പൂർണ്ണ വേദത്തിന്റെയും താല്പര്യം ഇതാണ് ഈ ഒരു മന്ത്രത്തിന്റെ മാത്രം താല്പര്യമുണ്ട എന്ന് പറഞ്ഞു ഇനി അടുത്ത് പറഞ്ഞു അധ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത കാര്യം പറയാൻ പോകുന്നു അഥ എന്ന് പറയുന്നത് പക്ഷാന്തരത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു പക്ഷത്തിലേക്ക് കിടക്കുകയാണ് ഇതരസ്യ അനാത്മജ്ഞതയാ ആത്മഗ്രഹണായ അശക്ത ഇതം ഉപദിച്ചതി മന്ത്ര അടുത്ത മന്ത്രം എന്തിനു വേണ്ടിയിട്ടാണ് ഇതരസ്യ അന്യൻ വേറെ ചിലരുണ്ട് ഈശ്വവാസി വിധം സർവമെന്നുള്ള ബോധമില്ലാത്തവർ അനാത്മജ്ഞതയാ ആത്മബോധമില്ല ആത്മഗ്രഹണായ അശക്ത ആത്മഗ്രഹണായ ഗ്രഹണം എന്ന് പറഞ്ഞാൽ ഓർത്തുകൊണ്ടും പല ഭാഗത്തും ഒരു ജ്ഞാനം എന്നാണ് അർത്ഥം ഗ്രഹണം ജ്ഞാനം ആത്മഗ്രഹണം ആത്മജ്ഞാനം ആത്മഗ്രഹണായ അശക്ത്യ ആത്മജ്ഞാനായ അശക്തസ്യ ആത്മജ്ഞാനത്തിന് ശക്തിയില്ലാത്തവൻ ആത്മബോധത്തിന് ശക്തിയില്ലാത്തവൻ ഇതം ഉപദിശതി ഇതം എന്ന് പറഞ്ഞാൽ ഭക്ഷ്യമാണ് ഇനി പറയാൻ പോകുന്ന കാര്യം ശബ്ദത്തിന് അർത്ഥവ്യത്യാസം വരും ഇവിടെ ഇതം എന്ന് പറഞ്ഞ അർത്ഥം ഭക്ഷ്യമാണ് എന്നാണ് ഇനി പറയാൻ പോകുന്ന കാര്യം ഒരു ശബ്ദത്തിന് ഒരേ ഭാഗത്തിന് പല അർത്ഥങ്ങൾ വരുന്നു ഇതം ഉപദേശതി മന്ത്ര ഇനി പറയാൻ പോകുന്ന കാര്യത്തെ മന്ത്ര ഉപദേശതി മന്ത്ര ഉപദേശിക്കുന്നു ആത്മബോധത്തിന് ശക്തിയില്ലാത്ത അവന് വേണ്ടിയിട്ടാണ് ഇനി അടുത്ത കാര്യം പറയുന്നത് കുറവെന്നേവേഹ കർമാണി ജിജീവിഷേത് ശതം സമാ കർമ്മ ലിപ്യത്തെ നരേ കുറവൻ ഇഹ കർമാണി ജിജീവിഷേത് ശതം സമാഹ അപ്പൊ അതങ്ങൾ പിരിച്ചു വായിക്കുന്ന സ്ഥലിക്കണം തൊയി നസ്ഥി എന്നാണ് നാന്യതേ തോസ്തി എന്നോട് എന്നെ പിരിച്ചു വായിക്കേണ്ടത് അങ്ങനെയാണ് ന അന്യഥ ഇതഹ അസ്ഥി നമ്മ ലിപ്യത നരേ എന്നാണ് ജ്ഞാനമന്ത്രം ഓരോ പദമായിട്ട് വായിക്കാം വായിക്കണം കുവന്നേ വേഹകർമാണിജീവിഷം സമാനേസ്തി നമ്മ നിത്യത്തെ നേ അവിടെ വിഷേതം എന്നാണ് എഴുതിയിരിക്കുന്നത് ശകാരത്തിന് വരുന്നാണ് ചില പുസ്തകങ്ങൾ പിരിച്ചു എഴുതിയിരിക്കും പൊതുവെ ചേർത്ത് തകാരം ചായ മാറി മാറി സന്ധിയാണ് ർമാണി അഗ്നിഹോത്രീനിഷേ ജീവിതം ഇച്ഛേത് ശതം ശതസ്യാ സമാ സംവത്സരാൻ ആദ്യത്തെ ആ പാദത്തെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് കുറുവൻ ശതം സമാക്കുറുവൻ ഇവിടെ ഈ ലോകത്ത് കുറുവൻ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിവർത്തയൻ നിവർത്തയൻ കുറുവൻ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് അനുഷ്ഠിച്ചുകൊണ്ട് അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ട് തന്നെ എന്ത് കർമാണി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ അത് മുമ്പേ ഞാൻ പറഞ്ഞു തുടങ്ങുന്ന മുമ്പ് തന്നെ കർമ്മം കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഹജമായ സാധാരണ കർമ്മങ്ങളിലേക്കല്ല നമ്മൾ പറയേണ്ടത് ഭാഷികാരനം പറയുന്ന എപ്പോഴും എന്തായിരിക്കും അഗ്നിഹോത്രാദീനി അടുത്ത് പറയുന്നു അഗ്നിഹോത്രാദികൾ അഗ്നിഹോത്രാദി അഗ്നിഹോത്രം തുടങ്ങിയ സ്രൗത കർമ്മങ്ങൾ വേണ്ടിവന്നാൽ സ്മാർത്ഥകർമ്മങ്ങളെടുക്കും അങ്ങനെയുള്ള കർമ്മങ്ങൾ എന്നർത്ഥം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥമാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ജീവിതം ഇച്ഛേത് ജീവിക്കാൻ ആഗ്രഹിക്കൂ എന്നാണ് കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കൂ എന്നാണ് എത്രകാലം ശതം ശതസംഖ്യാകാഹ സമാഹ സമ്പത്സരാണ് ശതം സമാഹ ശതം അതിനെ വ്യാഖ്യാനിക്കുന്നു ശത സംഖ്യാകാഹ നൂറ് എന്നുള്ളത് നൂറ് നൂറ് എന്നുള്ള സംഖ്യയാണ് സമാഹ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പറഞ്ഞു സമ്പത്സരാണ് സമൂന്ന് വെച്ചാൽ സംവത്സരം വർഷങ്ങൾ ഇപ്പൊ നൂറ് വർഷങ്ങൾ നൂറ് വർഷങ്ങൾ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കൂ എന്നാണ് എന്തുകൊണ്ട് നൂറ് വർഷമെന്ന് പറഞ്ഞു അതിനാണ് അടുത്ത് പറയുന്നത് താവധി പുരുഷസ് പരമായുർ നിരൂപിതം താവധി അത്രയുമാണ് പുരുഷന്റെ എന്നിച്ച് ഒരു മനുഷ്യന്റെ പരമാരുസ് നിരൂപിതം നിരൂപണം ചെയ്യപ്പെട്ടിരിക്കുന്നത് കാരണം ശ്രുതിയിൽ തന്നെ വേറെ പറയുന്നുണ്ട് ശതായുർവൈ പുരുഷ പുരുഷൻ മനുഷ്യൻ ശതായു ആണ് നൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നവനാണ് എന്നുവെച്ചാൽ അത് കൃത്യമായല്ല പറയുന്നത് നൂറുപേരെ ആകാം കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആകാം എന്നാലും ഒരുവന്റെ ആയുസ് നൂറ് അതിനൊരു പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കും പറയുകയാണ് എന്നുവെച്ചാൽ നിന്റെ ആയുഷ്കാലം മുഴുവനും ഒന്നാണ് അതിന്റെ താല്പര്യം നിന്റെ ആയുഷ്കാനം മുഴുവനും നീ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കൂ എന്നാണ് ഇത് ആരോട് പറയുന്നു ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് നേരത്തെ പറഞ്ഞ ഈശാവാസിതം സർവം എന്നുള്ള ബോധമില്ലാത്ത അവന് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ മരണം വരെ ചെയ്തുകൊണ്ട് തന്നെ അവൻ ജീവിക്കണം എന്നാണ് ഭാഷ്യകാരൻ ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് തഥാത് പ്രാപ്ത അനുവാദേന യീവിഷേ ശതം വർഷാണ് തത്പൂർവെന്ന കർമാണിത്യേത് വിധീയത് ഇവിടെ ശതം സമാഹ നൂറുവർഷം അങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കാൻ എന്തുകൊണ്ട് പറഞ്ഞു പറയുന്നത് ഇത് പ്രാപ്തമായ ഒന്നിനെ അനുവാദം ചെയ്തുകൊണ്ട് പറയുകയാണ് എന്നുവെച്ചാൽ ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് അവന് കിട്ടിയതാണ് അവന്റെ ജന്മനാൽ തന്നെ വന്നുചേർന്നതാണ് അതാണ് പ്രാപ്തം എന്ന് തന്റെ ജന്മനാൽ തന്നെ വന്നുചേർന്ന ആയുസ്സിന് അവന് ശ്രുതി വിരിക്കുന്നതല്ല നിനക്ക് നൂറ് വർഷം ആയുസ് ഉണ്ടെന്ന് ജനിച്ചപ്പോൾ തന്നെ അവന് ആയുസ് അവനോടുകൂടി വന്നു ചേർന്നതാണ് പ്രാപ്തമായതിനെ അനുവാദം ചെയ്യുന്ന അനുവാദം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റു പറയുക എന്നത് ഒരുവന് സഹജമായി തന്നെ കിട്ടിയിരിക്കുന്ന ആയുസ്സിനെ ശ്രുതി പറഞ്ഞുകൊണ്ട് പറയണെന്താണ് ജീവിഷ ശതം വർഷാണി നീ നൂറ് വർഷം ജീവിക്കാൻ ആഗ്രഹിക്കൂ എങ്ങനെ കുറവന്നെയാ നിന്റെ ആയുസ് മുഴുവൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ കർമാണി വിത്യേത വിധിയത് അതിനെ വിധിക്കുകയാണ് ഇവിടെ ഒരു അനുവാദവും വിധിയും ഉണ്ട് അനുവാദം എന്താണ് അവൻ്റെ ആയുസ് അത് ശ്രുതി വേദം വിധിക്കുന്നില്ല എന്നാണ് പറയുന്നത് ആയുസ്സിനെ വേദം വിധിക്കുന്നില്ല പക്ഷെ ആയുസ് ഉള്ളവന് കർമ്മത്തെ വേദം വിധിക്കുന്നു ആണ് ഇവിടെ പറയുന്നത് അതിന് കർമ്മം വിധിയും ആയുസ് അനുവാദവുമാണ് ആയുസ് എന്ന് പറയുന്നത് ജന്മനാൽ തന്നെ അവൻ വന്നുചേരുന്നതാണ് വേദം വിധിച്ചിട്ട് വന്നതാണ് പക്ഷെ കർമ്മങ്ങൾ എങ്ങനെയാണ് പ്രത്യേകിച്ചും അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അത് വിധിക്കുന്നതാണ് കർമ്മങ്ങളെന്ന് പറയുന്നതുകൊണ്ട് അഗ്നിഹോത്രാദി കർമ്മങ്ങളെ തന്നെ എടുക്കണമെന്ന് പറയാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ് കാരണം അഗ്നിഹോത്രാദി കർമ്മങ്ങൾ വേദം വിധിച്ച് അതുകൊണ്ട് അനുഷ്ഠിക്കുന്നതാണ് നമ്മളുടെ സഹജമായ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഈ ആയുഷന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സഹജമായി തന്നെ വന്നുചേരുന്നതാണ് വേദം വിധിച്ചിട്ട് ചെയ്യുന്നതല്ല നമ്മൾ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു നടക്കുന്നു ഭക്ഷണം കഴിക്കുന്ന ഇതൊന്നും വേദം വിധിച്ചിട്ട് ചെയ്യുന്നതല്ല മറിച്ച് സഹജമായി ചെയ്യുന്ന കർമ്മങ്ങളാണ് അതുമാത്രമല്ല ഏറ്റവും സവിശേഷതയുള്ളത് എന്താണ് വേദം വിധിക്കുന്ന കർമ്മങ്ങൾക്ക് മാത്രമേ നമുക്ക് ചെയ്യുമ്പോൾ കർത്തൃത്വ ബോധത്തിന്റെ ആവശ്യമാണ് സഹജമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കർത്തൃത്വബോധം ആവശ്യമില്ല ഞാൻ നടക്കുന്നു ഞാൻ നടക്കുന്നവനാണ് എന്നുള്ള കർത്തൃത്വബോധത്തോടു കൂടിയല്ല ആരും നടക്കുന്നത് നടക്കുന്ന സമയം ഞാൻ നടക്കുന്നു നടക്കുന്നുണ്ടോ ഇതൊന്നും ചിന്തിക്കാറില്ല ഒരു ചിന്താ വിഷയമേയല്ല അപ്പൊ അവിടെ കർത്തൃത്വ ബോധത്തിന്റെ ആവശ്യമല്ല അപ്പൊ കർത്തൃത്വ ബോധത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളാണ് വേണമോ വേണ്ടയോ എന്നുള്ള ചർച്ച വരുന്നത് സഹജമായ കർമ്മങ്ങളല്ല അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം വരുന്നത് അതുകൊണ്ടാണ് ആചാര്യസ്വാമയങ്ങൾ കർമ്മങ്ങളെന്ന് പറയുമ്പോൾ അഗിഹോത്രാദി കർമ്മങ്ങളെ തന്നെ എടുക്കുന്നു ജ്യോതിഷവും അശ്വമേധം ഇങ്ങനെയൊക്കെയുള്ള യാഗങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലോ ആ യാഗം അനുഷ്ഠിക്കുന്ന യജമാനൻ അങ്ങനെ സങ്കല്പിക്കണം ഞാനിതായി യാഗം ചെയ്യുന്നു ഞാൻ ഈ യജ്ഞത്തിന് വേണ്ടി ദീക്ഷ സ്വീകരിച്ചിരിക്കുന്നു ഞാൻ ഇതിന്റെ കർത്താവാണ് ഈ കർമ്മത്തിന്റെ ഫലത്തെ ഞാൻ അനുഭവിക്കും എന്നുള്ള ദൃഢമായ സങ്കല്പവും അവർ സ്വീകരിക്കുന്നു അപ്പോൾ ആ വ്യക്തിയിൽ ഞാൻ കർമ്മം ചെയ്യുന്നവനാണ് കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നവനാണ് എന്നുള്ള കൃത്രിവമായ ആ കർത്തൃത്വവും ഭോക്തൃത്വം വന്നുചേരും അതിനാണ് നിഷേധിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് കർമ്മം കർമ്മം എന്ന് പറയുമ്പോൾ ഈ വൈദികമായ കർമ്മങ്ങളെ ഇവിടെ ഇപ്പോൾ വ്യാഖ്യാനിച്ചില്ല കർമ്മമാണ് ഈ അഗ്നിഹോത്രാദി എന്നെടുക്കുന്നത് കാരണം ഇവിടുത്തെ ചർച്ച മുഴുവൻ തികച്ചും നൂറ് ശതമാനവും വൈദികമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അല്ലാതെ സാധാരണ മനുഷ്യന്റെ സാമാന്യ ജീവിതത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടല്ല ഇവിടുത്തെ ചർച്ചകൾ വേദാന്ത ഒരു ഭാഗവും ശങ്കരാചാര്യർ സാധാരണ ഒരു മനുഷ്യന്റെ സാമാന്യ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള അവന്റെ സഹജമായിട്ടുള്ള ദൈനംദിന കർമ്മങ്ങളുടെ വെളിച്ചെത്തിയുകൊണ്ടുള്ള ഒരു ചർച്ചയെ ശങ്കരാചാര്യർക്കില്ല ശങ്കരാചാര്യരുടെ മുഴുവൻ ചർച്ചയിൽ നൂറ് ശതമാനം വൈദികമായ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന വർണ്ണങ്ങൾ ആശ്രമങ്ങൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ജ്ഞാനം വേദത്തിൽ പറഞ്ഞിരിക്കുന്ന മോക്ഷം എല്ലാം വേദമാണ് വേദമയമാണവ അതുകൊണ്ട് എവിടെയാണോ കർത്തൃത്വം ആവശ്യമുള്ളത് അങ്ങനെയുള്ള കർമ്മങ്ങളാണ് തിരിക്കാൻ പറയുന്നത് ആ കർത്തൃത്വം ആവശ്യമായി വരുന്നത് യാഗത്തിനും യജ്ഞത്തിനും മറ്റുമാണ് അല്ലാതെ നമ്മൾ ഇരിക്കുന്നതിനും നടക്കുന്നതിനും ഒന്നും നമ്മൾ പിന്നീട് അതിനു ഒന്നുകൂടി അതും കാലം വരുത്തിയ വ്യത്യാസമാണ് ആ വൈദികമായ കർമ്മങ്ങൾക്ക് പ്രസക്തി ഇല്ലാതെ വന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കാലം കൊണ്ട് മാറ്റം വന്നപ്പോൾ ആ കർമ്മങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് സാധാരണ കർമ്മങ്ങളെയും എടുക്കാം കാരണം മറ്റു കർമ്മങ്ങൾ ഇല്ലല്ലോ മറ്റ് കർമ്മങ്ങളെയും എടുക്കാം എന്ന് പറഞ്ഞു അതാണ് പുരാണങ്ങളിലും ഇതിഹാസങ്ങളുടെയൊക്കെ കാലത്ത് വരുന്ന വ്യത്യാസം അതുകൊണ്ട് മറ്റു കർമ്മങ്ങളെയും നമുക്കിതിൽ പരിഗണിക്കാം എന്നുള്ള ഒരവസ്ഥ വന്നിട്ടുണ്ട് കാരണം ഇന്നിപ്പോൾ മനുഷ്യന് മുമ്പിൽ അഗ്നിഹോത്രമൊന്നും ഒരു കർമ്മമേ അല്ല അത് നമുക്ക് പുസ്തകങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പോൾ മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ പിന്നെ കർത്തൃത്വഭാവന വരാതെ ഇരിക്കുക എന്നും നമ്മൾ ഇന്ന് പക്ഷെ ഭാഷ്യത്തിൽ അതെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ അന്ന് അത്തരം കർമ്മങ്ങളുമല്ല അവിടെ വർണ്ണ ആശ്രമ കർമ്മങ്ങളാണ് അവിടെ വരുന്നത് ഇനി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ശാങ്കരഭാഷ്യത്തിന്റെ ശരിയായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് അഗ്നിഹോത്രാദി കർമ്മങ്ങളെയാണ് എടുക്കുന്നത് അപ്പോൾ കർമ്മത്യാഗമെന്ന് പറയുന്നതും അഗ്നിഹോത്രാദി കർമ്മങ്ങളുടെ ത്യാഗമാണ് അപ്പോൾ അത് അനുഷ്ഠിക്കുന്നവന് മാത്രമേ ത്യജിക്കേണ്ട ആവശ്യവും വരുന്നുള്ളൂ അല്ലാത്തവർക്ക് അവിടെ അനുഷ്ഠാനത്തിൻ്റെ ത്യാഗമുണ്ട് രണ്ട് അനുഷ്ഠിക്കാത്തവനെന്താ ത്യജിക്കാൻ അപ്പൊ കർമ്മ അനുഷ്ഠാനത്തിന് അധികാരിയായിട്ടുള്ളവന് മാത്രമേ കർമ്മ ത്യാഗത്തിനും അവകാശമുള്ളൂ എന്നാണ് ശങ്കരാചാര്യന്റെ പക്ഷം എന്നുവെച്ചാൽ വേദം പഠിക്കുന്നവനും വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനും മാത്രമേ സന്യാസമുള്ളൂ ത്യാഗമുള്ളൂ എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത് അത് കൂടുതൽ അങ്ങോട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരും അതുകൊണ്ട് ഞാനിപ്പോൾ അത് കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല അപ്പോഴാണ് ശങ്കരാചാര്യറ്റ പക്ഷം അത് അങ്ങനൊരു വ്യത്യാസം കാരണം ഇതൊക്കെ പത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടിലിരുന്നു കൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും നമുക്ക് അസ്യകാര്യങ്ങളായ കാര്യങ്ങളെ കണ്ടിട്ട് നമ്മൾ വിഷമിക്കുകയും കാര്യമില്ല നമ്മൾ വിഷമിക്കത്തക്ക പല കാര്യങ്ങളും ഇതിനകത്ത് വരും ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് ജീവിതാന്ത്യം വരെ കർമ്മങ്ങളെ അനുഷ്ഠിച്ച് ജീവിക്കൂ എന്നാണ് പ്രകാരേണ ത്ീവിഷത്തി അടുത്ത ഭാഷയത്തിൽ നരെ നരമാത്രാഭിമാനി ഇതേ ഏതസ്മാ അഗ്നിഹോത്രദീനി കർമാണി കൂടുതോ വർത്തമാന പ്രകാര അന്യഥ പ്രകാരാന്തരം ഏലപ്രകാരേണ അശുഭം കർമ്മ്യതേ കർമ്മണേ കർമ്മങ്ങളെല്ലാം ശങ്കരാചാര്യരുടെ പക്ഷത്തിന് അശുഭമാണ് ഒന്ന് ശുഭമെന്ന് കാരണം ഏത് കർമ്മം ചെയ്യണമെങ്കിൽ അതിന് കടുത്തു ബോധം വരും ഈശാവാസി വിധം സർവെന്നുള്ള ബോധം അവിടെ ഇല്ലാതെ പോകും അത് നഷ്ടപ്പെടും അതുകൊണ്ട് പറയുന്നു ഏവം ഏവം പ്രകാരേണ അടുത്ത പാദം വ്യാഖ്യാനിക്കുകയാണ് ഏവം ത്യഥി എന്ന് പറയുന്നു ഇങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ജീവിക്കുമ്പോൾ ജീവിക്കുന്നവനൽ ത്വയ് ജീവിഷതി നരയി ത്വയ് എന്ന് പറയുന്നത് വിഷ്മശബ്ദത്തിന്റെ സപ്തമിയാണ് ത്വം എന്ന് പറയുന്നതിന്റെ സപ്തമിയിലാണ് തൊയിൻ നരേ എന്ന് പറയുന്നതിന്റെ വിശേഷണമാണ് അവിടെ ന കർമ്മ ലിപ്യതയും നരേ അവസാനം വരുന്നത് പിന്നിൽ ചേർക്കണം തൊയ് എന്നുള്ള തൊയ് നരേ എന്ന് ഒരുമിച്ചെടുക്കണം ഒരുമിച്ചാണ് അനയും വരുന്നത് തൊയ് നരേ അവിടെ നരൻ എന്നാണ് പറയുന്നത് നേരത്തെ ഈശാവാസം ഇതം സർവമെന്ന് പറഞ്ഞു സർവീശ്വരനാണെന്ന് പറഞ്ഞു ഈശ്വരനാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ പറയുന്നു എന്താണ് നരൻ മനുഷ്യനെന്ന് പറഞ്ഞു അതിന്റെ വ്യത്യാസം എന്തുകൊണ്ട് വന്നു ആദ്യത്തെ മന്ത്രത്തിൽ ഈശാവാസി വിധം ആ ജീവനെ ഈശ്വരനായിട്ടാണ് അവിടെ ശ്രുതി പറഞ്ഞത് അടുത്ത് രണ്ടാമത്തെ മന്ത്രത്തിൽ വന്നപ്പോൾ പറയുന്നു നരനെന്ന് മനുഷ്യനെന്ന് ഈശ്വരനും മനുഷ്യനും രണ്ട് വ്യത്യസ്തമായ രൂപങ്ങൾ എന്തുകൊണ്ട് വന്നു അതിനാണ് അടുത്ത് നരമാത്ര അഭിമാനിനി ഇനി വരും മനുഷ്യൻ എന്ന് മാത്രം അഭിമാനിക്കുന്നവനാണ് ഈശാവാസ്യം വിധം സർവ്വൻ ഈശ്വരനാണെന്നുള്ള അഭിമാനം ഇല്ലാത്തവനാണ് എന്നുവെച്ചാൽ ഈശ്വരീയ ബോധമില്ലാത്തവനാണ് കേവലം നരൻ എന്ന് മാത്രം വിചാരിക്കുന്നു ഞാൻ മനുഷ്യനാണെന്ന് കരുതുന്നു അതാണ് പറഞ്ഞ് തൊയ് നരേ മനുഷ്യ അഭിമാനിയായ നിനക്ക് ഈശ്വര ബോധമില്ലാത്തവനായ നിനക്ക് കർമ്മങ്ങൾ ചെയ്ത് ആഗ്രഹിക്കാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിനക്ക് ഖ്യാനിച്ചിട്ട് അടുത്ത് പറയുന്നു എന്താണ് ഇതഹ ഇതഹ ഇതഹ എന്ന് പറയുന്ന പദത്തെ വ്യാഖ്യാനിക്കുകയാണ് അടുത്ത് ഏതസ്മാദ് ഇതഹ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഏതസ്മാ ഏതസ്മാദ്ശബ്ദത്തിന്റെ രൂപമാണ് ഏതസ്മാദ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് വ്യാഖ്യാനിക്കുന്നതിനടുത്ത് അഗ്നിഹോത്രാധീനി കർമാണി പൂർവതോ വർത്തമാനാ പ്രകാര അഗ്നിഹോത്രാധീനി കർമ്മങ്ങൾ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ പൂർവതഹ ചെയ്യുന്നതായ വർത്തമാനാ പ്രകാര ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ രീതിയിൽ നിന്നും എന്നാണ് ഈ തഹ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ഈ അവസ്ഥയിൽ നിന്നും അന്യഥ അടുത്ത അന്യഥ വ്യാഖ്യാനിക്കുകയാണ് പ്രകാരാന്തരം മറ്റൊരു രീതിയില്ല നിന്നെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊരു വഴി ഇല്ല എന്നാണ് നീ എന്തു ചെയ്യുന്നു അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് നിനക്കിതല്ലാതെ ഇനി മറ്റൊരു വഴിയില്ല എന്തുകൊണ്ട് നീ നരമാത്രഭിമാനിയാണ് ഞാൻ മനുഷ്യനെന്ന് കരുതുന്നവരാണ് ഈശ്വവാസീതം സർവമെന്നുള്ള ബോധം നിനക്കില്ല അതുകൊണ്ട് മറ്റ് വഴിയൊന്നും നിന്റെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് മറ്റു വഴി ഏതാണ് അടുത്തത് പറയുന്നു ഏനപ്രകാരേണ അശുഭം കർമ്മനളിപ്പിയതേ ഏതൊരു രീതിയിലൂടെയാണോ അശുഭമായിരിക്കുന്ന ഈ കർമ്മം നിന്നെ ബാധിക്കാതിരിക്കുന്നത് അങ്ങനെ ഒരു വഴി നിന്റെ മുമ്പിലില്ല ഏനപ്രകാരേണ ഏത് രീതിയിലാണോ അശുഭം കർമ്മ കർമ്മത്തെ വിശേഷിപ്പിക്കണ അശുഭം എന്ന് പാപകർമ്മം എന്നുള്ള അർത്ഥത്തില്ല എല്ലാ കർമ്മവും അശുഭമാണ് അശുഭമായിരിക്കുന്ന കർമ്മം ന ലിപ്യത നിന്നെ ലേപനം ചെയ്യാതിരിക്കുക എന്ന് വെച്ചാൽ നിന്നെ ബന്ധിക്കാതിരിക്കുകയോ നിന ഈ സംസാരത്തിൽ ബന്ധിക്കാതിരിക്കുകയോ അതിന് വേറൊരു വഴി നിന്റെ മുമ്പിൽ ഇല്ലാന്നർത്ഥം കർമ്മണ എന്ന ലിപ്യത കർമ്മത്താൽ ബന്ധിക്കപ്പെടാതിരിക്കുന്നതിനൊരു വഴിയില്ല അത് ഇതഹ അന്യഥ മാസ്തി എന്നാണ് അവിടെ അന്വേഷിക്കേണ്ടത് ഇതല്ലാതെ മറ്റൊരു വഴിയില്ല കർമ്മ ലിപ്യതയെ കർമ്മം ലേപനം ചെയ്യാതിരിക്കുന്നതിന് മറ്റു വഴി എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ ആദ്യം പറഞ്ഞ ഈശാവാസ്യം വിധം സർവ്വം കർമ്മബന്ധനത്തിൽ നിന്നും മുക്തനാകുന്നതിന് ഒരേ വഴിയേ ഉള്ളൂ ഈശാവാസ്യം വിധം സർവ്വം ഇതല്ലാതെ അല്ലയോ മനുഷ്യ നിനക്ക് മറ്റൊരു വഴിയില്ല എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് എന്തുകൊണ്ട് നീ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ നിന്റെ ആയുസ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് എന്ത് കർമ്മങ്ങൾ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ കർത്തൃത്വവും ബഹുതൃത്വം എല്ലാം ഉണ്ടാക്കുന്നു അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ഈ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുക എന്ന് പറയുമ്പോ സാധാരണക്കാരനെ സംബന്ധിച്ച് എങ്ങനെയെന്ന് ചോദിക്കും പറയുന്നുകൊണ്ട് ആർക്കും പ്രയാസം തോന്നരുത് ശങ്കരാചാര്യർ സാധാരണക്കാരന് വേണ്ടി പറഞ്ഞതല്ല വേദാന്തം അദ്വൈതം ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥിതി ചിന്തിക്കുന്നവർക്ക് ചെറുപ്പ ധാർമ്മിക രോഷം ഉണ്ടാവും പക്ഷേ ശങ്കരാചാര്യർ പറഞ്ഞെടുത്ത് ശങ്കരാചാര്യന്റെ മുമ്പിൽ സാധാരണക്കാരനില്ല അദ്വൈതം പറഞ്ഞെടുത്ത് എന്തുകൊണ്ട് കാരണം അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുന്നവൻ സാധാരണക്കാരനല്ല അസാധാരണക്കാരനാണ് അതാണ് ഞാൻ പറഞ്ഞു വൈദികമായ ഒരു പശ്ചാത്തലത്തിലാണിത് പറയുന്നത് വേദം പഠിക്കുകയും വേദമനുസരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനാണ് പിന്നെ വേദത്തിന്റെ ഭാഗമായിരിക്കുന്ന വേദാന്തത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ഉദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോ ഈ സാധാരണക്കാരനെന്ന് ശങ്കരാചാര്യ കാലത്ത് കണക്കാക്കിയിരുന്ന വേദബാഹ്യന്മാരെയാണ് അതായത് വേദം പഠിക്കുകയോ വേദമനുസരിച്ച് ജീവിക്കുകയോ ചെയ്യാത്തവരാണ് സാധാരണക്കാരൻ നമ്മളെയൊക്കെ പോലെയുള്ളവർ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നവർ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ശങ്കരായകർക്കൊന്നും പറയാനില്ല ഒന്നും പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് അവരിൽ നിന്നും ദൂരെ നിന്നോളുക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ബഹുദാരുണികത്തിന്റെ വ്യാഖ്യാനം തുടങ്ങുന്ന ഭാഗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത് വായിച്ച നോക്കാം സാധാരണക്കാരനിൽ നിന്ന് ദൂരെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അവന്റെ അടുത്തേക്ക് പോകരുതെന്ന് പറഞ്ഞു അന്നത്തെ സാധാരണക്കാരൻ വേദം പഠിക്കുകയോ ശൗചാചാരങ്ങളോടെ ജീവിക്കുകയോ ചെയ്യാതെ ജീവിക്കുന്നവരാണ് അന്ന് സാധാരണക്കാരൻ എന്ന് പറയുന്നത് വേദത്തിൽ പറയുന്ന രീതിയിലുള്ള ആചരണങ്ങളൊന്നും ഇല്ലാത്തവർ അപ്പം അവരുടെ അടുത്ത് വേദാന്തമൊന്നും പറയുന്നില്ല വേദമില്ലാത്തവർ എന്താ വേദാന്തം ഒന്നും പറയുന്നില്ല ഇതൊക്കെ ഉള്ളവർ എന്ന് പറയുമ്പോൾ അന്നത്തെ ഈ ചാതുർ വർണ്ണയത്തിനും ചതുരാശ്രമത്തിനും പെട്ടിരിക്കുന്ന ആൾക്കാരാണ് അവരോടാണെന്നൊക്കെ പറയുന്നത് അതിൽ തന്നെ എല്ലാവരോടും പറയുന്നില്ല അതിൽ തന്നെ എല്ലാവരും അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുന്നില്ല അത് ചെയ്യുന്നവരോടത്ത് പറയുന്നു അത് ഉപേക്ഷിക്കാൻ അത് പറയുന്നു അപ്പം ഇതുമായിട്ട് അന്നത്തെ ആ വ്യവസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലാണ് അന്ന് പറഞ്ഞത് ആ വ്യവസ്ഥിതിയിൽ നിന്ന് ഇതിനെ മാറ്റിയെടുത്തിട്ട് ഇന്നത്തെ ലോകത്തിന് പറ്റിയ രീതിയിൽ ഉപദേശിച്ചവരാണ് നേരത്തെ പറഞ്ഞ വിവേകാനന്ദ സ്വാമി പോലെയുള്ളവരല്ല ഇന്നുള്ള ഗുരുക്കന്മാരും ഒക്കെ അത് ചെയ്യുന്നവരാണ് അവരതിനാ വ്യവസ്ഥിതി ഇങ്ങോട്ട് പറിച്ചു നട്ടു ഇന്നത്തെ വ്യവസ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് ഇന്നത്തെ കാലത്തിനനുസരിച്ച് അവരുപദേശിച്ചു അതുകൊണ്ട് ഇന്നത്തെ രീതി നോക്കുമ്പോൾ ഇന്നത് സാധാരണക്കാരനാകാം അന്ന് ഭാഷ്യത്തിന്റെ തരത്തിൽ ഞാൻ പറഞ്ഞതാണ് അന്ന് ഇത് സാധാരണക്കാരന് വേണ്ടി പറഞ്ഞതല്ല പ്രത്യേകം പറയുന്നുണ്ട് ഇത് പറയരുതെന്ന് അതുകൊണ്ട് പറയുന്നെന്താണ് ഈ കർമ്മം ഈ കർമ്മത്തെ അഗ്നിഹോത്രാദി കർമ്മങ്ങളെ ഇവിടെ ഉപംഷത്തിന്റെ വെളിച്ചത്തിൽ സങ്കരാചാര് പറയുന്ന എന്താണ് അശുഭം കർമ്മ എന്നാണ് അനിയനൂടെ പറഞ്ഞത് അശുഭം കർമ്മം ഇതാ പാവകർമ്മം എന്നുള്ള അർത്ഥത്തിലല്ല ഇത് അശുഭമാണ് ഈ കർമ്മം വേദം നിഷിദ്ധമായ കർമ്മം എന്നുള്ള അർത്ഥത്തില്ല വേദത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ തന്നെ അശുഭമാണ് ഈ കർമ്മങ്ങൾ നിന്നെ ബന്ധിക്കും എന്നാണ് കർമ്മം ചെയ്യുന്നതിനോട് പറയുകയാണ് ഈ കർമ്മങ്ങൾ നിന്നെ ബന്ധിക്കും ഇത് ബന്ധിക്കാൻ ഇതിരിക്കാൻ നേരത്തെ പറഞ്ഞതല്ലാതെ വേറെ വഴിയിലാണ് ഇതഹ അന്യഥ നാസ്തി എന്നാണ് ഇതല്ലാതെ വേറെ വഴിയില്ല ഈ കർമ്മങ്ങൾ നീ അനുഷ്ഠിച്ച് ജീവിച്ചോളുക ജീവിച്ചു കഴിഞ്ഞാൽ ഇത് നിന്റെ ബന്ധനത്തിന് കാരണമായി ഇത് നരയിൽ അല്ലയോ നര അഭിമാനി എന്നാണ് നീ വെറും മനുഷ്യത്വ അഭിമാനമുള്ളവനാണ് ഈശ്വര അഭിമാനമുള്ളവനല്ല എന്നുള്ള ബോധമുള്ളവനല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഭാഷ്യത്തിന്റെ ഒരന്തർധാര അത് നമ്മൾ മനസ്സിലാക്കണം ഏത് രീതിയിലാണ് ഭാഷ്യകാരൻ ഏത് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് തന്റെ ആശയങ്ങൾ വിശദീകരിക്കുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഭാഷ്യം പഠിക്കും ശങ്കരാചാര്യരുടെ അദ്വൈതം എന്ന് പറയുന്ന ആശയത്തെ എങ്ങനെ അവതരിപ്പിക്കുന്നു ശങ്കരാചാര്യയുടെ മുമ്പിലുള്ള സാമൂഹ്യസ്ഥിതി എങ്ങനെയായിരുന്നു അവിടെയുള്ള ജീവിതരീതി എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെയായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ വേണം ശങ്കരാദ്വൈതത്തെ മനസ്സിലാക്കാൻ അല്ല വിവേക ചൂടാമണി വായിച്ചിട്ട് ഞാനെപ്പോഴും പറയാനുള്ള കാര്യമാണ് പറയുന്ന അദ്വൈതം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതും മനസ്സിലാകത്തില്ല അതൊരു അദ്വൈതമെന്ന് പറയുന്ന ഒരു ആശയത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ് അതിന് നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകത്തില്ല ഭാഷയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം അതിൻ്റെ ആകമത്വം മനസ്സിലാക്കണമുണ്ട് അതുകൊണ്ട് പറയുന്നത് എന്താണ് അത ശാസ്ത്രവിഹിതാനി കർമാണി അഗ്നിഹോത്രാദി കുറുവ അഗ്നിഹോത്രാധീനി കുറുവന്നേവ ജിജീവിഷേത് അത അതുകൊണ്ട് ശാസ്ത്രവിഹിതാനി കർമാണി ശാസ്ത്രവിഹിതങ്ങളായ കർമ്മങ്ങൾ എന്താണത് അഗ്നിഹോത്രാധീനി കർമ്മം എന്ന് പറഞ്ഞാൽ ഉടൻ വരും അല്ലേ അഗ്നിഹോത്രാധീനി അഗ്നിഹോത്രാദികൾ കുറുവന്നേവ ചെയ്തുകൊണ്ട് തന്നെ ജിജീവിഷേത് അതെയോ മനുഷ്യ ജീവിക്കൂ വേറെ രക്ഷയില്ലെന്നാ പറയും പറഞ്ഞല്ലോ അനാത്മജ്ഞ ആത്മബോധമില്ലാത്തവനാണോ ഈശ്വരബോധം അവന് പിന്നെ ഇത് തന്നെ ജീവിക്കണം വേറെ വഴിയില്ല ഇപ്പൊ രണ്ടു വഴിയേ ഉള്ളൂ ഒന്ന് ആത്മബോധത്തോടുകൂടി സർവകർമ്മങ്ങളെയും തിരിച്ചു ഈശാവാസം സർവം എന്നുള്ള ഭാവത്തിൽ ജീവിക്കുക അത് സന്യാസി അല്ലെങ്കിൽ എന്താണ് ശാസ്ത്രവിഹിതമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാതെ ഗൃഹസ്ഥാശ്രമം ഇതാണ് ശങ്കരാചാര്യരുടെ അഭിപ്രായം ശങ്കരാചാര്യരുടെ അഭിപ്രായം ഏതാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇത് അത് ശരിയോ തെറ്റോന്നുള്ളത് രണ്ടാമത് നിരൂപണം ചെയ്യും ആദ്യം അത് നിരൂണം ചെയ്യാൻ പോകും പഴയ രസങ്ങൾ ഇതാണ് രണ്ട് ധർമ്മങ്ങളാണ് പ്രധാനമായിട്ടും മനുഷ്യനാണ് ഒന്ന് ഗൃഹസ്ഥ ധർമ്മം മറ്റൊന്ന് സന്യാസധർമ്മം സന്യാസധർമ്മം എന്ന് പറഞ്ഞാൽ ഈശാവാസം ഇതം സർവർമ്മിച്ചോളുക ഗൃഹസതമോ എന്ന് പറഞ്ഞാൽ കുറവന്മേവേഹ കർമാണി ജിജി വിഷേ ശതം സമാ ഒന്ന് ജ്ഞാനിക്കുള്ളത് മറ്റൊന്ന് അജ്ഞാനിക്കുള്ളത് ഇതാണ് ഇത് ഈ രണ്ടു മന്ത്രങ്ങളിലൂടെ ഇനി നമ്മൾ പത്തുപനിഷത്തുകൾ പഠിച്ചാലും അതിന്റെ ഭാഷങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ടു കാര്യവും ആയിരിക്കും ഇനി പറയുന്നതല്ല ഈ രണ്ടാശയങ്ങളും വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ അദ്വൈതത്തിൽ പരമ താല്പര്യം നോക്കു മനസ്സിലാക്കുന്നു ബ്രഹ്മസത്യം ജഗത് നിക്ഷ ഇത് മാത്രം ഒരു പറഞ്ഞു കിടന്നു ജ്ഞാനികളാവുന്നുണ്ട് ആചാര്യസ്വാമികളുടെ ആശയം സിദ്ധാന്തം അതിനെ നമ്മൾ സമഗ്രമായി മനസ്സിലാക്കിയെന്ന് പറയാൻ പറ്റത്തില്ല അതൊന്നുകൂടി വ്യക്തമാക്കുകയാണ് ഇനി ഇതുവരെ പറഞ്ഞാൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇനി കേൾക്കുന്നവർക്ക് തന്നെ ഇനി എന്തെങ്കിലും എന്റെ കയ്യിൽ നിന്നിട്ട് വിളമ്പിയതാണിവിടെ ആചാര്യസ്വാമികൾ പറയാത്തത് ഇന്ന് സംശയം ഉണ്ടെങ്കിൽ അതാ ഇതുവരെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പുനരിതം അവഗമ്യത പൂർവീണ സന്യാസിനോ ജ്ഞാനനിഷ്ഠ ഉക്ത ദ്വിതീയേന തത് അശക്തർമ്മനിഷ്ഠി ഒരു ചോദ്യമാണ് കഥം ഇതം അവഗമ്മിലി ഇതെങ്ങനെ മനസ്സിലാക്കുന്നു നിങ്ങൾ ഒരു ചോദ്യമാണ് ശിഷ്യൻ ചോദിക്കുന്നു എന്ന് വെച്ചോ ഈ രണ്ട് മന്ത്രങ്ങളിലൂടെ ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എങ്ങനെ പൂർവീണ സന്യാസിനോ ജ്ഞാനനിഷ്ഠ ഉക്ത പൂർവീണ ആദ്യ മന്ത്രത്തിലൂടെ സന്യാസിനോ സന്യാസിമാരുടെ ജ്ഞാനനിഷ്ഠ ഉക്ത ജ്ഞാനനിഷ്ഠയാണ് പറയപ്പെട്ടത് ആദ്യം ത്യാഗികളുടെ ജ്ഞാനനിഷ്ഠ സന്യാസിമാരുടെ ജ്ഞാനനിഷ്ഠയാണ് ആദ്യം പറഞ്ഞത് വിടെ പൂർണമായ ത്യാഗമാണ് അവിടെ ഭോഗമില്ല തിരിച്ചിട്ടുള്ള ഭോഗമല്ല അവിടെ പറയുന്നത് പരിപൂർണമായ ത്യാഗമാണ് അതാണ് ആദ്യം പറഞ്ഞത് ദിത്യേന രണ്ടാമത്തെ മന്ത്രത്തിൽ തത് അശക്തസ്യ കർമ്മനിഷ്ഠ ആ ജ്ഞാനനിഷ്ഠയ്ക്ക് അശക്തനായിട്ടുള്ളവൻ നേരത്തെ പറഞ്ഞുള്ള അജ്ഞൻ അവനുള്ള കർമ്മനിഷ്ഠയാണ് രണ്ടാമത് പറഞ്ഞത് അതും വേദത്തിൽ വ്യതിച്ചിരിക്കുന്നതാണ് ഇത് രണ്ടും വേദത്തിൽ വ്യതിച്ചിരിക്കുന്നതാണ് ആദ്യത്തത് വിരിച്ചു യഥഹരേവ വിരജിത് തദരേവ പ്രഹരജിത് എന്ന മറ്റും ആദ്യത്തിൽ ആ ഞാനനിഷ്ഠ സന്യാസത്തെ വിധിച്ചു പിന്നെ ഞാനനിഷ്ഠയെ വിധിക്കാൻ ധാരാളം ഭാഗങ്ങളുണ്ട് അതിനെ വിധിച്ചു എന്ന് സാധാരണ പറയാറില്ല അതിനോ പറഞ്ഞു എന്നെ പറയത്തുള്ളൂ രണ്ടാമതെന്താണ് തഥശക്ത ആ ത്യാഗത്തിന് ശക്തിയില്ലാത്തവൻ ത്യാഗത്തിന് ശക്തിയില്ലാത്തവനാണ് ഗൃഹസ്ഥൻ ഭാര്യയും പുത്രൻ വിത്തും ഒക്കെ വേണം അതിനൊന്നു ഉപേക്ഷിക്കാൻ ശക്തിയില്ലാത്തവൻ ഈശാവാസ്യതം എന്നുള്ള ബോധം ഇല്ല മറിച്ച് ഞാൻ ഭർത്താവാണ് ഭോക്താവാണ് എന്നുള്ള ബോധമുണ്ട് അതാണ് തത് അശക്തസ്യ അതിനശക്തനായിട്ടുള്ളവന് കർമ്മനിഷ്ഠ കർമ്മനിഷ്ഠയും പറഞ്ഞു എന്നാണ് ഇതൊന്നുകൂടി വിശദീകരിക്കാൻ പറയുകയാണ് ആദ്യത്തെ മന്ത്രത്തിൽ അത് രണ്ടാമത്തെ മന്ത്രത്തിൽ ഇത് എന്ന് പറഞ്ഞാൽ അത് ഒന്നുകൂടി വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയാണ് പറയുന്നു ഉച്ചിതേ പറയാം ഭാഷകാലം പറയുകയാണ് ജ്ഞാനകർമ്മണോർ വിരോധം പർവ്വതവത് അകമ്പ്യം യഥോക്തം ന സ്മരസിക്കും ഇതുവരെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ എന്നാ ഈ രണ്ടു മന്ത്രങ്ങളും വ്യാഖ്യാനിച്ചിട്ട് ജ്ഞാനകർമ്മണോഹ വിരോധം ജ്ഞാനത്തിന്റെയും കർമ്മത്തിന്റെയും വിരോധം എന്ന് വെച്ചാൽ ഇത് ഒരു തരത്തിലും സമുച്ചയിപ്പിക്കാൻ സാധ്യമേ അല്ല ആ വിരോധത്തെ ഇളക്കാനേ സാധ്യമല്ലേ പർവ്വതവത് അകമ്പ്യം പർവ്വതത്തെ ആർക്കും പിടിച്ചു കുലുക്കാനൊക്കത്തില്ല അകമ്പ്യമാണ് പിടിച്ചു കുലുക്കാൻ കഴിയാത്തതാണ് എന്നർത്ഥം പർവ്വതത്തെ എങ്ങനെയാണോ പിടിച്ചു കഴിയാത്തത് അതുപോലെയാണ് ഇത് രണ്ടും തമ്മിലുള്ള വിരോധത്തെയും പിടിച്ചു കുലുക്കാനൊക്കത്തില്ല അർത്ഥം ഈ വിരോധത്തെ പരിഹരിക്കാനൊക്കത്തില്ല സന്യാസിയും ഗ്രഹസ്ഥനും തമ്മിലുള്ള വിരോധം മറ്റു തരത്തിൽ നമ്മൾ പറയുന്ന വിരോധമല്ല ആ രണ്ടു നിഷ്ഠകൾക്കും തമ്മിലുള്ള വിരോധം പർവ്വതത്തെ പോലെ ദൃഢമാണെന്നർത്ഥം രണ്ടിനും കൂടെ സംശ്ചയിപ്പിക്കാനേ സാധ്യമേ അല്ല രണ്ടും കൂടെ ഒന്നാക്കാൻ പറ്റത്തില്ല ത്യജിച്ചിട്ട് ഉപജിക്കാനൊരിക്കലും നോക്കത്തില്ല എന്നത് ഒരു കാരണവശാലും സാധ്യമല്ല ഗൃഹസ്ഥന് ഇനി എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും അയാൾക്ക് സന്യാസിയാകാൻ പറ്റത്തില്ല ഭാര്യയും മക്കളെയും ഉപേക്ഷിക്കാതെ ഉപനിഷത്ത് വ്യാഖ്യാനിച്ച് സന്യാസിയാകാൻ പറ്റത്തില്ല എന്നർത്ഥം സന്യാസിയാകണോ ഉപേക്ഷിച്ചോളുക ഗൃഹസ്ഥനാണെങ്കിലും ഗൃഹസ്ഥയാണെങ്കിലും ശരി ഗ്രഹസ്ഥയാണെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ചോളൂ ഗൃഹസ്ഥനാണെങ്കിൽ ഭാര്യ ഉപേക്ഷിച്ചോളൂ ഇതല്ലാതെ സന്യാസത്തിന് വേറെ വഴിയില്ലെന്ന ജ്ഞാനകർമ്മനോഹോ വിരോധം ജ്ഞാനത്തിനും കർമ്മത്തിനും തമ്മിലുള്ള വിരോധം പർവ്വതവത് അകമ്പ്യം എന്നാണ് പർവ്വതത്തെ പോലെ ഇത് ചലിപ്പിക്കാൻ പറ്റാത്തതാണ് ഈ വിരോധം എന്ന് പറയുന്നത് ഇത് രണ്ട് തലങ്ങളാണ് ഒരിക്കലും ഇതിനെ യോജിപ്പിക്കാൻ പറ്റില്ല യഥാ ഉക്തം ഞാനത് പറഞ്ഞുകഴിഞ്ഞു എന്നെ സ്മരസിക്കും എന്താ നിന്റെ തലയിൽ കയറുന്നില്ല എന്നാണ് ഇത്രയും പറഞ്ഞിട്ട് തലയിൽ കയറത്തില്ല ഒരിക്കലും ഇതിനെ സമന്വയിപ്പിക്കാൻ പറ്റത്തില്ല എന്ന രണ്ടും തന്നെയാണ് ഇതാണ് ശങ്കരാചാര്യര് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഈ രണ്ട് ജീവിതശൈലികളെയും ഒരിക്കലും ഒന്നാക്കാൻ പറ്റത്തില്ല ഇനി ആരെല്ലാം എങ്ങനെയല്ല ഉപനിഷത്തുകളെ വ്യാഖ്യാനിച്ചാലും ശരി ഗ്രഹസ്ഥനൊരിക്കലും സന്യാസിയാക്കാൻ പറ്റത്തില്ല സന്യാസിക്ക് ഒരിക്കലും പോയി ഗ്രഹസ്ഥനാകാനും ഒപ്പത്തില്ല രണ്ടും രണ്ടായിത്തന്നെ ജ്ഞാനം വേറെ കർമ്മം വേറെ രണ്ടു വഴി അതിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് ഇനി വിശദീകരിച്ച് അടുത്ത ഭാഗങ്ങളിൽ ചർച്ച ചെയ്യും നമ്മളത് തുടർന്നു വരുന്ന ക്ലാസ്സിലതിനെക്കുറിച്ച് ചർച്ച ചെയ്യും ണമില്ല ഓണ ഓണമ ദശ്യേ ഓണസൂണമാ ഓണമേ മാ വശിഷ്യേ ഓ ശാന്തി ഓ ശോ നമ